ശാന്തി വേണമെങ്കിൽ ഇതൊക്കെയാ പറയണത് സുഹൃത്തായിട്ടും മിത്രമായിട്ടും ശത്രുവായിട്ടും ബന്ധുവായിട്ടും ഇതിലൊക്കെ നമ്മുടെ നില സമബുദ്ധി വിശിഷ്യത ഒരു സമത്വം ഒരു ഒരൽപ്പം താമരെ ഓർക്കുക ഒരൽപ്പം മുകളിൽ നിൽക്കുക നില കൊണ്ടാൽ ശാന്തി അല്ലെങ്കിലോ അശാന്തിയാണ് ഫലം എന്ന് പറയാം തുടർന്നു നിരാശീര ഭഗവാൻ മെല്ലെ മെല്ലെ നമ്മളെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇതൊക്കെ ധ്യാനത്തിന് തടസ്സങ്ങളായി നിൽക്കുന്നതാണ് അതിനെയൊക്കെ നമ്മൾ പോയിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു ലഹള തീർക്കാൻ നിങ്ങൾ പോയിട്ട് ആ ലഹളയ്ക്ക് കാരണം എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് ആ ലഹള ഇന്ന് തീർക്കാൻ ശ്രമം നടത്തി വന്നിരുന്ന് ധ്യാനിക്കാൻ നോക്കൂ ഒന്ന് ശ്രമിച്ചു നോക്കും അടുത്ത വീട്ടിലെ കേട്ടിട്ടില്ലേ നിങ്ങൾ അടുത്ത വീട്ടില് ദിവസവും ബഹള ദിവസവും പാത്രം എടുത്ത് ഉടയുന്നു ഇയാള് വിചാരിച്ച് ഒരു ദിവസം പോയിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം അടുത്ത വീട്ടിലെ ആള് അങ്ങനെയാണ് ഇദ്ദേഹം അങ്ങോട്ടേക്ക് ചെന്നത് ചെന്ന സമയത്ത് കുട്ടി ഉമ്മർത്തിരുന്നിട്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഒരു സെറ്റ് പാത്രം താഴെ വീണ് ഓടയുന്ന ശബ്ദം കേട്ടത് അപ്പൊ ഇയാൾ ഉമ്മർത്തുന്നുണ്ട് വന്നതേ ഉള്ളൂ ഗേറ്റ് തുറന്നു ഇങ്ങോട്ട് വന്ന സമയത്ത് അവനത് ഒരു പതിവ് ഇതുപോലെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ വന്ന ആള് ചോദിച്ചു എന്താ അവനെ അകത്തൊരു ശബ്ദം അത് അച്ഛന്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണ് പൊട്ടിയതാണ് അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതം ഇവൻ ഇത്ര ജ്ഞാനിവിടെ ഇരുന്നുകൊണ്ട് അടുക്കളയിലെ കാര്യം പറയുന്നത് അദ്ദേഹം ചോദിച്ചു അതെങ്ങനെ നിനക്ക് അച്ഛന്റെ കയ്യിൽ അത് അമ്മയുടെ അതെ അമ്മയുടെ കയ്യിൽ അച്ഛന്റെ കയ്യിൽ അമ്മയുടെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണാണെന്ന് അതെങ്ങനെ അമ്മയുടെ കയ്യിൽ ഇത്ര ഇതായിട്ട് മനസ്സിലായത് അച്ഛന്റെ കയ്യിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പൊ ശബ്ദം കേൾക്കായിരുന്നു വേറെ ശബ്ദം കേൾക്കായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയാണ് അപ്പൊ ഏതായാലും അദ്ദേഹം ഒന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കി എന്തിനാ മാമൻ വന്നത് വെറുതെ അച്ഛൻ ഇല്ല ഇവിടെ ആ രണ്ടുപേരും ഉണ്ടകത്തുണ്ട് മാമൻ വന്നിട്ടുണ്ട് എന്ന് പറയൂ അപ്പൊ അവൻ അവിടെ നിന്ന് തന്നെ വിളിച്ചു ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവര് രണ്ടുപേരും കൂടെ വന്നു ഒരാൾ വന്നു അപ്പൊ ആരോ വന്നു പറഞ്ഞപ്പോ അവിടെ നിന്ന് ശാന്തമായി അപ്പം എല്ലാം ഒന്നും കയറിയിരുന്നു പിന്നെ അവർ സംസാരം തുടങ്ങി അപ്പോൾ പറഞ്ഞു ഞാൻ കുറേ ദിവസമായിട്ടിങ്ങനെ നേരിട്ട് വിഷയത്തിലേക്ക് കയറി എന്ന് പറയാം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം കാരണം നിങ്ങളിങ്ങനെ വല്ലാതെ ബഹളം നടക്കുന്നുണ്ട് എല്ലായിടത്തും ഉണ്ടാവും പ്രശ്നങ്ങളൊക്കെ പക്ഷേ എന്നാലും ഇതിത്ര അങ്ങോട്ട് പോകാൻ പാടില്ല ചിലപ്പോഴൊക്കെ വല്ലാതെ സുഹൃത്ത് നിന്നുള്ള നിലയ്ക്ക് ഞാൻ വന്ന കാര്യം അപ്പം ഇദ്ദേഹം തിരിച്ചും പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ അവിടെ യാതൊരു പ്രശ്നവും വളരെ ശാന്തമായിട്ട് പോകുന്നുണ്ട് എന്താ നിങ്ങളുടെ ഈ ശാന്തമായ ദാമ്പത്യത്തിന്റെ രഹസ്യം ഈ ആള് വന്നാള് പറഞ്ഞു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഞാനാ അവിടെ പ്രധാന തീരുമാനങ്ങളൊക്കെ ഞാനെടുക്കും അപ്രധാനങ്ങളായിട്ടുള്ളതൊക്കെ അവളെടുക്കും അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇതേനി പ്രശ്നം പ്രധാന തീരുമാനം ഞാൻ എടുക്കുമ്പോ അവളതിൽ ഇടപെട്ടു അപ്പൊ രണ്ട് സ്ഥലത്ത് ഒരു സ്ഥലത്ത് തീരുമാനമെടുക്കുന്നത് ഇദ്ദേഹമാണ് മറ്റേ സ്ഥലത്ത് തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പം അവിടെ പ്രശ്നം ഏതായാലും ഈ സംഘർഷമുള്ള വീട്ടിലെ ആൾ മറ്റേ ആളോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ഇത് പറയൂ അങ്ങനെ എന്തൊക്കെ തീരുമാനം എടുക്കണം അതായത് ഈ കുട്ടിയെ ഏത് സ്കൂളിൽ ചേർക്കണം പിന്നെ അസുഖം വന്ന ആരെ കാണിക്കണം അലോപ്പതി വേണോ ഹോമിയോപ്പതി വേണോ ആയുർവേദം വേണോ എന്താ ഒഴിവ് ദിവസം എങ്ങനെ ചെലവഴിക്കണം ഇങ്ങനെയുള്ള നിസാരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യ തീരുമാനിക്കും പിന്നെ നിങ്ങൾ തീരുമാനിക്കുന്ന പ്രധാന കാര്യം ഞാൻ കാശ്മീർ ഇഷ്യൂ ഗുജറാത്ത് ഇഷ്യൂ പിന്നെ ഇങ്ങനെയുള്ള മെയിൻ ഇഷ്യൂസൊക്കെ ഞാനാണ് തീരുമാനമെടുക്കുന്നത് അതിലവളെ ഇടപെടാത്തത് ഒരു തമാശയാണെങ്കിലും അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കാൻ പോവുക ഇവിടേക്ക് മുറിയാം നമ്മളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ തീരുമാനമെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ നമ്മളെന്ത് വേണം ഒരു തീരുമാനമെടുത്ത് മതിയാവും അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയണത് യോഗി ശ്ലോകം ചൊല്ലിയില്ലേ യോഗി യുഞ്ചീത സതം ത്മാനം രഹസിസ്ഥിത ഏകാഗി യഥ ചിത്താത്മാ നിരാശി അപരിഗ്രഹ അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ഇനി നമുക്കിതിലേക്ക് പ്രവേശിക്കണം അതിലും ഇതിലൊന്നും പോയിട്ട് ഇടപെടത്താം യോഗി യോഗാരൂഢൻ യോഗത്തെ ആഗ്രഹിക്കുന്നവൻ സമാധാനം ഇനി അതും മനസ്സിലാവുന്നില്ലെങ്കിൽ ഉറക്കത്തിൽ കിട്ടുന്നുണ്ടല്ലോ എന്തോ ഒന്നും അതെനിക്ക് ഉണർന്നിരിക്കുമ്പോഴും കിട്ടണം എന്നാഗ്രഹിക്കുന്നവൻ ഉറക്കത്തിൽ എന്ത് സുഖ സ്വാമി അത് ആ സുഖം എനിക്ക് ഇങ്ങനെ ഇപ്പോഴും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരു പേര് കൊടുക്കാമെങ്കിൽ അവന്റെ പേരാണ് യോഗി രഹസ്യ എന്ത് വേണം രഹസ്യം എന്ന് പറഞ്ഞ ആൾ ഒഴിഞ്ഞടത്ത് ഏകാന്തതയിൽ ഏകാകി ഒരുമിച്ചല്ല നിങ്ങൾ ഒരുമിച്ച് ജ്ഞാനയജ്ഞത്തിന് വന്നോളൂ പക്ഷെ ഒരുമിച്ച് ധ്യാനിക്കാൻ പുറപ്പെടരുത് ഏകാകി ഒരുമിച്ച് ഒറ്റയ്ക്ക് സ്ഥിതഹ സ്ഥിതി ചെയ്യുന്നവൻ ഇരുന്നു കൊണ്ട് ആദ്യം പറയുന്നു രഹസി ഏകാകി സ്ഥിതഹ വിജനമായ ഏകാന്തമായ ആളൊഴിഞ്ഞ ശുദ്ധമായ ഒരിടത്ത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് യഥചിത്താത്മാ അന്ധക്കരണ വൃത്തികളെ അടക്കിയിട്ട് മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഓടുന്ന കുതിരകളെയൊക്കെ ഒന്ന് കടിഞ്ഞാൻ പിടിച്ചിട്ട് എന്തുവേണം നിരാശി ആശ നിർഗതം ആശ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക എന്ന് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഇരിക്കരുത് എനിക്ക് യോഗിയാവണം സിദ്ധനാവണം അതുപോലും വേണ്ട നിരാശി അപരിഗ്രഹ തനിക്ക് വേണ്ടി യാതൊന്നും സൂക്ഷിക്കാതെ അപരിഗ്രഹനായിട്ട് സതതം ആത്മാനം യുഞ്ചീത എപ്പോഴും യോഗത്തിൽ ആത്മാനം മനസ്സിനെ യുഞ്ചീത യോഗത്തിൽ ഏകാഗ്രമാക്കണം നിർത്തണം എന്ന് പറയണം ഒരു വിജനമായ ഒരു ഇടം നാം കണ്ടെത്തേണ്ടതുണ്ട് എവിടെ അതിപ്പോ കിട്ടുക വല്ല ഫോറസ്റ്റിൽ അല്ല ഏതെങ്കിലും ഒരു കാട്ടിൽ പോയാലാണോ നടക്കുക കാടൊക്കെ നമുക്കിതിനെ സഹായിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് പോയിരുന്നാൽ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ പേടിയാവില്ലേ അല്ലേ അവിടെ ആരെങ്കിലും വരുമോ കണ്ണടച്ചു കഴിഞ്ഞാൽ തന്നെ പേടിയാവും ഇവിടെ ആരെങ്കിലും വന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യും വിജനമായ സ്ഥലം എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ ഇടം തന്നെ നമുക്ക് വിജയമാക്കാം ഇപ്പൊ വീട്ടിലുള്ള വീട്ടിലിരിക്കുന്ന ഗൃഹഭരണം നടത്തുന്ന അമ്മമാർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണി ഒക്കെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടര മണി എന്താ രാവിലെ ഉച്ചത്തെ കാര്യ പറയും വീട്ടിലെല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടാവും കുട്ടികൾ സ്കൂളിൽ പറഞ്ഞയച്ചു പിന്നെ ജോലിക്ക് പോകാനുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടു വീട്ടിലെ അത്യാവശ്യം അത്യാവശ്യം നല്ല എന്തൊക്കെയാണോ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ജോലികളൊക്കെ തീർത്തു വലിയ നല്ല എന്താ പറയുക അത്ര പ്രധാനപ്പെട്ട സീരിയലുകളൊന്നും ഇല്ലാത്ത സമയം അത്ര എന്താ പറയുക മകയായിട്ടൊന്നുള്ളതൊന്നും ഉണ്ടാവില്ല സ്വാമിക്ക് ഈ സമയം ഈ സംഗതി ഇതൊക്കെ നന്നായി അറിയാമല്ലോ അറിയണമല്ലോ അല്ലാതെ നിങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലേ അല്ലേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താ ഏതാമൊക്കെ നോക്കി വെക്കും അപ്പൊ ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ കഴിയണം അവരടുക്കും ചിട്ടയും വേണം ജീവിതത്തിൽ വളരെ പ്രധാന അതൊന്നുമില്ല എല്ലാം ഗീത ഗീത ഗീത സ്വാമിയോ എന്താ ഇതിലെഴുതിയിരിക്കുന്നത് വീട്ടിലെ കാര്യം അയ്യല്ലേ ഒന്നറിയാതെ എന്താ പറയാ കൈ കഴുകി ആ വാട്ട് ബേസിന്റെ അവിടെ ഇട്ടിരിക്കുന്ന തോറത്തിൽ മുഖം തുടച്ചു കഴിഞ്ഞാൽ ബോധം കെട്ടിരുന്നു കാരണം അത് അലക്കിയിട്ട് കൊല്ലം മൂന്നായി അതിനൊരു ഒരു തരം അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു എണ്ണയില് പിടിച്ചതുപോലെ ഉണ്ടാവുക അല്ലെ എല്ലാ കൊതുകും പകൽ മുഴുവൻ അതിലാണ് പോയിരിക്കുക രാത്രിയായാൽ അതൊന്ന് ഇളകി വരുന്നത് കാണുക ഇതാണ് സ്ഥിതി ഒരടുക്കും ചിട്ടയും എല്ലാറ്റിനും വേണം എന്ന് പറയും എന്നാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനും ഉണ്ടാവും ഒരടുക്കും ചിട്ടയും കാരണം പലതും സ്വസ്ഥമാകാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും ഉണ്ടാവില്ലേ ഒരു സ്വസ്ഥതയൊന്നും അപ്പൊ കുറെ വാരി വലിച്ച അതോ ഇതോ എല്ലാം കിടക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള അടുത്തൊന്നും ധ്യാനിക്കാൻ തന്നെ പറ്റില്ല ചിലരൊക്കെ ധ്യാനിക്കുന്ന ഇടം കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ഭുതം തോന്നും അറിയ കാർഡ്ബോർഡ് ബോക്സും അതും ഇതും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാം നേരെ മുൻപിൽ ചന്ദനത്തിരി പുകച്ചു വെച്ചിട്ട് ധ്യാനിക്കുന്നത് ഇത്ര ഈ പൂജാമുറി എന്ന് പറഞ്ഞിട്ട് ചിലതുണ്ട് വളരെ ഗുഡ്സായിട്ടുള്ള ഒരു സംഗതി അതിന്റെ വാതിലും കൂടി അവരടച്ചിട്ടിട്ട് അങ്ങനെ ഇരിക്കും അപ്പൊ എന്തെങ്കിലൊക്കെ സംഭവിക്കുക അതുകൊണ്ടാണ് അവർക്കിങ്ങനെ ഓരോന്നൊക്കെ തോന്നുന്നത് ഇപ്പൊ രഹസ്യം എന്ന് പറയുമ്പം വിജനമായ വായു സഞ്ചാരമുള്ള നല്ലൊരു സ്ഥലം അത് നിങ്ങളുടെ വീട്ടില് ഏതെങ്കിലും ഒരു നിങ്ങളുടെ ബെഡ്റൂമോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടൊക്കെ അപ്പൊ നിങ്ങളൊരു സമയം നിശ്ചയിക്കണം ഇതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പോ എല്ലാവരും പോയി എന്ന് ഉറപ്പുവരുത്തിയാ നല്ലതാണ് അല്ല നിങ്ങൾ രാവിലെ നിങ്ങൾ വിചാരിക്കരുത് രാവിലെ ബ്രാഹ്മ എന്ന് പറയുന്നത് ഈ മൂന്ന് മണിക്കാണ് അല്ലെങ്കിൽ നാലുമണിക്കാണ് നിങ്ങൾ എപ്പോഴാണോ ഇതിന് തയ്യാറാകുന്നത് അത് തന്നെ ബ്രാഹ്മ മുഹൂർത്തം ചിലര് പറയും ബ്രാഹ്മ എന്ന് പറഞ്ഞാല് രണ്ടു മണി മുതൽ ഒരു നാലു മണിവരെയാണ് രണ്ടര മുതൽ അപ്പോഴേ ഇതൊക്കെ ആകാവൂ അത് നിങ്ങൾ അവരെ അങ്ങനെയുള്ളവരെ നിങ്ങൾ വെറുതെ വിടണം അവരുടെ അവർക്ക് നിങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങൾ അവർക്കും ബുദ്ധിമുട്ടായി തീരരുത് നിങ്ങളുടെ ബ്രാഹ്മ ഒരു പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഒക്കെ ആകട്ടെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാ സ്വാമി പറഞ്ഞൊന്നും പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ അവര് പറയും നിങ്ങൾ അവരോട് ചോദിക്കണം എന്നാ നിങ്ങളൊരു സമയം പറഞ്ഞു തരാ അവരോട് നിങ്ങളുടെ മനസ്സ് ഇത് വീട്ടിലിരിക്കുന്നവരുടെ കാര്യത്തിൽ ഈ അമ്മമാരുടെ കാര്യത്തിലാ സ്വാമി പറഞ്ഞത് അച്ഛന്മാർക്ക് വേറെ സമയം അത് നമ്മൾ പറയാം അതെ അവർക്ക് പറ്റുന്ന സമയം ഏറ്റവും രാവിലെ തന്നെയാണ് കാരണം രാവിലെ ആ മടിയന്മാരായിട്ട് കിടന്നുറങ്ങുന്നുണ്ടല്ലോ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയും നേരത്തെ പിന്നെയും പറ്റും കാരണം അധികം ആലോചനകളൊന്നും ഉണ്ടാവില്ല ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ രാവിലെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതുണ്ട് വീട്ടിൽ അത് ചെയ്യണം കുട്ടികൾക്കുള്ളത് ചെയ്യണം അപ്പൊ ധ്യാനം നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കില്ല പിന്നെ നിങ്ങളുടെ ധ്യാനം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ധ്യാനമുണ്ട് അതെന്താണ് ഒരു ടൈം ബൗണ്ട് ധ്യാനം ഞാൻ സ്വാമി ആറ് അഞ്ചു മുതൽ അഞ്ചര വരെ ഒരു ധ്യാനത്തിലാണ് അത് ഒരു കണ്ണടച്ച് വരെ ഉറങ്ങുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഞാൻ അഞ്ചു മുതൽ അഞ്ചര വരെ കണ്ണടച്ചിരിക്കാറുണ്ട് എന്ന് പറയാം ഈ പറയുന്ന പരിപാടിയിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ ഇറങ്ങി നിൽക്കണം കാരണം ഈ അഞ്ചര ആവുമ്പോഴേക്കും നിങ്ങൾക്കറിയാം പാൽക്കാരൻ വന്നോ പത്രക്കാരൻ വന്നോ അവർ എഴുന്നേറ്റോ അമ്പലത്തിന് പാട്ട് വെച്ചോ അപ്പോഴാണ് ഈ സമയം ആ സമയം ഈ സമയം വളരെ ഇങ്ങനെ മനസ്സിങ്ങനെ രാവിലെ എങ്ങനെ എന്താ പറയാ ഓരോന്നിലേക്ക് ചാടിച്ചാടിക്കൊണ്ടിരിക്കുന്ന സമയ അതേസമയം ഒരു പതിനൊന്നരയൊക്കെ ആവുമ്പോഴോ എല്ലാം ഒന്നും ഒഴിഞ്ഞിട്ടുണ്ടാവും ട്രാഫിക് ഒക്കെ കണ്ടിട്ടില്ലേ ഒന്നും ഒഴിഞ്ഞിട്ടുണ്ടാവും രാവിലെ ആ ഒരു പതിനൊന്നര എന്ന് പറയും ഓഫീസിലൊക്കെ പോകേണ്ടവരൊക്കെ ഓഫീസിൽ പോയി സ്കൂൾ ബസ്സുകളൊക്കെ അവിടെ എത്തി പിന്നെ അത്യാവശ്യമുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ചിന്തകളുടെ കാര്യത്തിലും അങ്ങനെയാണ് ആ സമയം നമ്മൾ നല്ലൊരു സ്ഥലം നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ തന്നെ ഇനി നിങ്ങളുടെ ഹോളിലോ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളൂ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാ ഇരിക്കുന്ന സാധനം എന്തായിരിക്കണം മാനന്തോലിനെ അന്വേഷിച്ചു കൊണ്ട പോലീസ് പിടിക്കും കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം വിരുദ്ധമായിട്ടുള്ള ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചുകൊണ്ടുപോകും ധ്യാനിക്കുന്ന ആളെയടക്കം കൊണ്ടുപോകും പിന്നെ ധ്യാനം അവിടെ കമ്പിം വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലെ കാര്യം തന്നെയാണ് ആദ്യം ഈ ധ്യാനത്തിനുള്ള ഇരിപ്പിടമായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് ഇതാണ് സമയം എങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ പോവുക ഭഗവാൻ പ്രതിഷ്ഠാ സ്ഥിരമാസനമാ ുച്ഛ്രാതിച്ചൈലാജിന്കുശോത്തരം തത്രൈക്കാഗ്രതചിത്തെ ഉപവിശ്യസുഞ്ചാ യോഗമാത്മവിശുദ്ധേ ശുചൗദേശേ പ്രതിഷാപ്യ സ്ഥിരമാസനമാത്മന അത്യുചി അത്യുചിതം നതിനിചംം ചൈലം അജിനം കുശോത്തരം തത്ര ഏകാഗ്രം മനഃ കൃത്യ യിത്തെയകൃ ഉപവിശ്യാസനെ യുഞ്ചയാത് യോഗം ആത്മവിശുദ്ധയേ ആത്മന ആത്മന ആത്മന എന്ന് പറഞ്ഞാൽ തനിക്ക് തന്റെ ദേഹത്തിന് ശരീരത്തിന് ശുദ്ധമാക്കിയ ദേശത്ത് ആദ്യം നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കട്ടെ എന്ന് പറയും പിന്നെ കട്ടിന്റെ കഴിവോട്ടിലുള്ള സാധനങ്ങൾ പിന്നെ ഈ ചിലരൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ തള്ളുന്ന ഒരു സ്ഥലമുണ്ട് ചില മേശയുടെ കോർണറിലേക്ക് അവർ പെട്ടെന്ന് തന്നെ അടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ വിചാരം എന്താണെന്ന് ഈ പരിസരം ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെടികളുണ്ടല്ലോ അതിന് നമ്മൾ കൊടുക്കുന്ന പേര് തന്നെ കാട് എന്നാണ് കാട് വെട്ടി തെളിയിക്കുകയാണ് കഴിയുന്നത് അത് ചെയ്യാതിരിക്കുന്നതല്ല കാരണം നമ്മുടെ വിചാരം നമുക്ക് തോന്നുന്നു ഈ കാട്ടപ്പ കമ്മ്യൂണിസ്റ്റപ്പ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിന് കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല എന്നാലും ആ ചെടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ പുല്ല് അങ്ങനെ വളരുന്നവരൊന്നും അതൊക്കെ ആ സമയത്ത് വളരേണ്ടതാണ് അത് അവിടെ നിലകൊള്ളേണ്ടതൊക്കെ ആവശ്യമുണ്ടോ ചില മുൾച്ചെടികൾ ഉണ്ടാവും തൊട്ടാവാടി എന്ന് പറയുന്നത് അപ്പൊ നല്ല ഔഷധ വീതിയുള്ള സാധനങ്ങളാണ് അതിൽ നിന്നൊക്കെ വരുന്ന അത് പുറത്തുവിടുന്ന ഓക്സിജൻ തന്നെ വളരെ നല്ലതാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പെരുമാറാൻ പാകത്തിന് നിങ്ങൾക്ക് നടപ്പാതകൾ ഉണ്ടായാൽ മതി പിന്നെ നിങ്ങൾ പെരുമാറണം അതിൻ്റെ ഇടയിലൊക്കെ അപ്പൊ നിങ്ങളുടെ സമ്പർക്കം ഉണ്ടെങ്കിൽ മറ്റ് ഈ ക്ഷുദ്രജീവികളൊന്നും വരില്ല ഇത് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലും ഒരു ഒരു എന്താ പറയുക മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാണ് ശുചിയാക്കൽ ശുചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാടുവെട്ടി തെളിയിക്കൽ മാത്രമല്ല നമുക്ക് ശുദ്ധവായു അതുപോലെ എന്താ ഈ പൊടിപടലങ്ങൾ പൊടിയൊക്കെ അകത്ത് അവിടുത്തെ പൊടി മുഴുവൻ ഇതിനകത്ത് വന്നിരിക്കുക അതൊക്കെ ഒഴിവാക്കുക അപ്പം ശുചിയുള്ള ഒരു ദേശത്ത് ശുചൗ ദേശേ എങ്ങനെയുള്ളതാണ് നമ്മൾ ഇരിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറയണു നാത്യുഛരിതം അധികം പൊക്കത്തിലാവരുത് ശരി പെട്ടെന്ന് തന്നെ ബ്രഹ്മപ്രാപ്തി കിട്ടാൻ വേണ്ടി വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറിയിരിക്കുക അങ്ങനെയൊക്കെ ധ്യാനിക്കുന്ന ആളുകളുണ്ട് കോണി വെച്ച് അതിന്റെ മുകളിൽ പോയി ഇരിക്കുക പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി കളയാമോ ചിലപ്പോ ഇറങ്ങുന്ന തലകറങ്ങി വീഴാം അതുകൊണ്ട് അധികം മുകളിലേക്ക് പോകണ്ട എന്നാണ് നാതി നീചം അല്ല തെങ്ങിന് അതിലും ഇരിക്കേണ്ട അങ്ങനെയുണ്ട് നല്ല ഗുഹ ഉണ്ടെങ്കിൽ അതിനകത്ത് പോയിരിക്കുക അതിലും അങ്ങനെയുള്ള താഴേക്കും പോകേണ്ട വാട്ടർ ടാങ്ക് പോലുള്ള മുകളിലേക്കും കയറേണ്ട ഒരു സമ അതായത് ഇവിടെ ഭഗവാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അധികം മുകളിൽ നമ്മൾ പെരുമാറാറുണ്ടോ ഇല്ല വളരെ താഴെ നമ്മൾ പെരുമാറാറുണ്ടോ ഇല്ല നമ്മൾ പെരുമാറുന്നൊരിടം എത്ര മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു അതായത് നമുക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു സ്ഥലം ഒരടുക്കും ചിട്ടയും എല്ലാറ്റിനും വേണം എന്ന് പറയാ എന്നാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനും ഒരു അടുക്കും ചിട്ടയും കാരണം പലതും സ്വസ്ഥമാകാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും ഒരു സ്വസ്ഥതയൊന്നും അപ്പൊ കുറെ വാരി വലിച്ച അതോ എല്ലാം കിടക്കുക അങ്ങനെയുള്ള അങ്ങനെയുള്ളിടത്തൊന്നും ധ്യാനിക്കാൻ തന്നെ പറ്റില്ല ചിലരൊക്കെ ധ്യാനിക്കുന്ന ഇടം കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ഭുതം തോന്നും അപ്പൊ രഹസ്യം എന്ന് പറയുമ്പം വിജനമായ വായുസഞ്ചാരമുള്ള നല്ലൊരു സ്ഥലം അത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ബെഡ്റൂമോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടൊക്കെ അപ്പൊ നിങ്ങളൊരു സമയം നിശ്ചയിക്കണം ഇതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പോ എല്ലാവരും പോയി എന്ന് ഉറപ്പുവരുത്തിയാൽ നല്ലതാണ് അല്ല നിങ്ങൾ രാവിലെ നിങ്ങൾ വിചാരിക്കരുത് രാവിലെ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ മൂന്ന് മണിക്കാണ് അല്ലെങ്കിൽ നാലു മണിക്കാണ് നിങ്ങൾ എപ്പോഴാണോ ഇതിന് തയ്യാറാകുന്നത് അത് തന്നെ ബ്രാഹ്മ മുഹൂർത്തം ചിലർ പറയും ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ രണ്ടു മണി മുതൽ ഒരു നാലു മണിവരെയാണ് രണ്ടര മുതൽ അപ്പോഴേ ഇതൊക്കെ ആകാവൂ എന്ന് അത് നിങ്ങൾ അവരെ അങ്ങനെയുള്ളവരെ നിങ്ങൾ വെറുതെ പെടണം അവരെ അവർക്ക് നിങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങൾ അവർക്കും ബുദ്ധിമുട്ടായി തീരരുത് നിങ്ങളുടെ ബ്രാഹ്മ ഒരു പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിവരെയൊക്കെ ആകട്ടെ നിങ്ങൾ ആരാ ഇതിന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ സ്വാമി പറഞ്ഞൊന്നും പറയണ്ട ചിലപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ അവര് പറയും നിങ്ങൾ അവരോട് ചോദിക്കണം എന്നാൽ നിങ്ങളൊരു സമയം പറഞ്ഞു തരാം അവരോട് നിങ്ങളുടെ മനസ്സ് ഇത് വീട്ടിലിരിക്കുന്നവരുടെ കാര്യത്തിൽ ഈ അമ്മമാരുടെ കാര്യത്തിലാണ് സ്വാമി പറഞ്ഞത് അച്ഛന്മാർക്ക് വേറെ സമയമുണ്ട് അത് നമ്മൾ പറയാം അതെ അവർക്ക് പറ്റുന്ന സമയം ഏറ്റവും രാവിലെ തന്നെയാണ് കാരണം രാവിലെ മടിയന്മാരായിട്ട് കിടന്നുറങ്ങുന്നുണ്ടല്ലോ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയും അവർക്ക് നേരത്തെ പിന്നെയും പറ്റും കാരണം അധികം ആലോചനകളൊന്നും ഉണ്ടാവില്ല ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ രാവിലെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതുണ്ട് വീട്ടിലും അത് ചെയ്യണം കുട്ടികൾക്കുള്ളത് ചെയ്യണം അപ്പൊ ധ്യാനം നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കില്ല പിന്നെ നിങ്ങളുടെ ധ്യാനം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ധ്യാനമുണ്ട് അതെന്താണ് ഒരു ടൈം ബൗണ്ട് ധ്യാനം ഞാൻ സ്വാമി ആറ് അഞ്ച് മുതൽ അഞ്ചര വരെ ഒരു ധ്യാനത്തിലാണ് അത് ഒരു കണ്ണടച്ച് വരെ ഉറങ്ങുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഞാൻ അഞ്ച് മുതൽ അഞ്ചര വരെ കണ്ണടച്ചിരിക്കാറുണ്ട് എന്ന് പറയാം ഈ പറയുന്ന പരിപാടിയിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ ഇറങ്ങി നിൽക്കണം കാരണം ഈ അഞ്ചരയാകുമ്പോഴേക്കും നിങ്ങൾക്കറിയാം പാൽക്കാരൻ വന്നോ പത്രക്കാരൻ വന്നോ അവർ എഴുന്നേറ്റോ അമ്പലത്തിന് പാട്ട് വെച്ചോ അപ്പോഴാണ് ഈ സമയം ആ സമയം ഈ സമയം വളരെ ഇങ്ങനെ മനസ്സിങ്ങനെ രാവിലെങ്ങനെ എന്താ പറയാ ഓരോന്നിലേക്ക് ചാടിച്ചാടിക്കൊണ്ടിരിക്കുന്ന സമയം അതേസമയം ഒരു പതിനൊന്നരയൊക്കെ ആവുമ്പോഴോ എല്ലാം ഒന്നും ഒഴിഞ്ഞിട്ടുണ്ടാവും ആ സമയം നമ്മൾ നല്ലൊരു സ്ഥലം നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ തന്നെ ഇനി നിങ്ങളുടെ ഹാളിലോ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളൂ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കേണ്ടത് ഇരിക്കുന്ന സാധനം എന്തായിരിക്കണം മാനന്തോലിനെ അന്വേഷിച്ചു കൊണ്ട അവസാനം പോലീസ് പിടിക്കും കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം വിരുദ്ധമായിട്ടുള്ള ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചുകൊണ്ടുപോകും ധ്യാനിക്കുന്ന ആളെയടക്കം കൊണ്ടുപോകും പിന്നെ ധ്യാനം അവിടെ കമ്പി ധ്യാനം വളരെ എളുപ്പമാണ് ധ്യാനം നമ്മുടെ വീട്ടിലെ കാര്യം തന്നെയാണ് ആദ്യം ഈ ധ്യാനത്തിനുള്ള ഇരിപ്പിടമായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് ഇതാണ് സമയം എങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ പോവുക ഭഗവാൻ അതായത് നമുക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ളൊരു സ്ഥലം എത്ര മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു ഏറ്റവും നല്ലൊരു സ്ഥലം അതിനെന്ത് വേണം വൃത്തി ഉണ്ടായിരിക്കണം എന്നതാണ് പിന്നെയോ ഇരിക്കുന്നത് സ്ഥിരം ഉറപ്പുണ്ടായിരിക്കണം ആടുന്നതിൽ പോയി ഇരിക്കരുത് ചിലർക്ക് അങ്ങനെ ഉണ്ട് മെഡിറ്റേഷന് വേണ്ടി ഒരു പലക ഉണ്ടാക്കിയ അവർ എന്നിട്ട് അതോ ആചാര്യ ഇത് ഉണ്ടാക്കിയ സമയത്ത് അതിന്റെ കാലിനൊരു ശരിയില്ല അതിന്റെ ഇടയിലെന്തുകൊണ്ട് എന്നിട്ട് ഇതേ എങ്ങനെ ഇരിക്കും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും ചിലവർക്ക് ധ്യാനമേ ആട്ടാണ് ചിലരങ്ങനെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നതൊക്കെ കാണാം അതുകൊണ്ട് അവരുടെ ഈ ഇരിപ്പും ഇതും കൂടി ആവുമ്പം വളരെ ചില ഈ സ്വാമിമാരെയൊക്കെ ആചാര്യന്മാരെയൊക്കെ വീട്ടിലേക്ക് വിളിക്കും അത് വീട്ടില് ഭിക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് അപ്പം അവർ പാത എന്താ പാദപൂജ ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പല സമ്പ്രദായമുണ്ട് അപ്പം അതിൽ അവർ പലകയിട്ട് കൊടുക്കും പലയിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അപ്പോഴാണ് പാദം കഴുകിയിട്ട് പിന്നെ വല്ലാത്തൊരു പ്രശ്നമാണ് അതൊക്കെ എന്താ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതില്ലാതെ വീട്ടിൽ കയറ്റില്ല സ്വാമിയൊക്കെ അപ്പം നമ്മളതിനെ കണ്ടുവച്ചിട്ടുള്ള കുറേ കുറേ ഉപായങ്ങളുണ്ട് പിന്നെ അവര് ഈ കർപ്പൂരം കൊണ്ടൊരു ആരതി നടത്തും പണ്ടൊക്കെ നമ്മൾ അത് അങ്ങനെ ഇങ്ങനെ ഇരു നിൽക്കുമ്പോ താടി കത്തി പോവാറുണ്ട് ആകെ കുറച്ചുള്ളൂ അപ്രായം കൊണ്ട് ഒഴിഞ്ഞു അതെ അതിനുശേഷം വേറൊരു സ്വാമി നമുക്കൊരു പദ്ധതി പറഞ്ഞു തന്നു ഒരിക്കലും നമ്മള് പോയിട്ട് ഇവരിങ്ങനെ ആരതി ഒഴിയുന്ന സമ സമയാവുമ്പോഴേക്കും നമ്മൾ കൈ എടുത്ത് ഇങ്ങനെ പിടിക്കണം crash ഇതൊരു ക്രാഷ് ഗാർഡാണെന്ന് പറയാം അതുപോലെ അപ്പൊ ഇതിൻ്റെ അപ്പുറത്ത് കൂടെ പോകൂ ഇത് നമ്മുടെ താടി രക്ഷിക്കാനുള്ള ഒരുപകെ പിടിച്ചേക്കണം അല്ലെങ്കിൽ കുഴപ്പം നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നോർത്തിലൊക്കെ ഇതിൻ്റെ ഒരു എക്സ്ട്രീമാണ് അവര് പാല് കൊണ്ട് കാല് കഴുകും അതും ചില വീട്ടിൽ പൻസാരിയും കൂടെ ഇട്ട പാലായിരിക്കും അപ്പൊ ഇത് ആദ്യ കാലത്ത് നമ്മൾ ഈ രംഗത്തേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചപ്പോ ഇതിന്റെയൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിലൊക്കെ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ നമുക്ക് ഓരോരോ സൂചന തരും അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞാൽ അവരോട് പറയാം ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറയാം അവിടുന്ന് കാലൊക്കെ കഴുകിയിട്ട് വരിക എന്നിട്ട് വേണം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അതിനായിട്ട് എന്തൊക്കെ നമുക്ക് ഇരിക്കാൻ പറയുന്നു ചൈലം അജിനം കുഷോത്തരം ഇലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസ്ത്രം പിന്നെ തോല് പിന്നെ ദർഭ ഇത് മേൽക്കുമേൽ വിരിച്ചത് എന്നാണ് അപ്പം ഇത് പുല്ല് പിന്നെ തോല് വസ്ത്രം ഇതെന്തിനാ അതായത് നമ്മുടെ ശരീരത്തില് ഈ ശരീരത്തിന് ശരീരവും ഭൂമിയും ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഭൂമി അതിനെ ഭൂമി അതിലേക്ക് എല്ലാറ്റിനെയും എല്ലാ എന്തുണ്ടോ അതിനെ മുഴുവൻ ഭൂമി അങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും നമ്മൾ വെറും തറയിൽ പോയിട്ട് എന്താ ഇരുന്നു കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞാൽ നമ്മുടെ കാല് തരിക്കും എന്താ അങ്ങനെ തരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഭൂമി നമ്മളെ തഹിപ്പിക്കാൻ തുടങ്ങാം കുറെ സമയം കഴിഞ്ഞാൽ അവന് അങ്ങനെയാണല്ലോ എന്തിനെ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ പ്രവർത്തനം നടത്തും അപ്പൊ അതിൻ്റെ അത് എന്താ അതിൽ നിന്ന് ഒന്ന് അതിനെ അതിവർത്തിക്കേണ്ടതാണ് ഭൂമി അതിലേക്ക് വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണം അപ്പൊ അതിനിപ്പം നമുക്കിപ്പോൾ എന്താ വേണ്ടത് ഈ തോലും കാര്യങ്ങളുടെയും ഒന്നും ആവശ്യമില്ല നല്ല പുല്ലുവായ കിട്ടുമല്ലോ നല്ല പുല്ലുവായ അത് പുല്ലിൻ്റെ പായ തന്നെയാണെങ്കിൽ വളരെ നല്ലത് ആ പുല്ലുവായ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് നല്ല തുണിയുടെ ഷീറ്റ് ഓർക്കുക നിങ്ങൾ ധ്യാനിക്കാനും കിടക്കാനും ഒരേ സംഭവമായിരിക്കുന്നു ഇതിപ്പം ഭർത്താവ് കിടന്നുറങ്ങുമ്പോഴായിരിക്കും മൂപ്പരെ പിടിച്ചു വലിച്ചിട്ട് ഞാൻ ധ്യാനിക്കാനുണ്ട് പോട്ടേന്ന് പറഞ്ഞു അയാൾ ഒടുത്തിരി പറയാ ആ മുണ്ടോ അല്ലെങ്കിൽ ധ്യാനം ശരിയാവില്ല അതുകൊണ്ട് എല്ലാം അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുമ്പോഴായിരിക്കും അയാൾ നിന്റെ ധ്യാനം എന്ന് പറഞ്ഞ ഒറ്റ വലി അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് ധ്യാനിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് നാം ഇതിനെ കണ്ടെത്താം അത് നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും പായ മേടിച്ച് ഒരു മടക്കി തുന്നി ഒരു നല്ല കവറിലൊക്കെ ആക്കി പിന്നെ അതിന് എന്താ പൊതച്ചുകൊണ്ട് പിന്നെ ഇപ്പൊ കിട്ടുമല്ലോ ഈ ചെറിയ കാർപ്പറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ പക്ഷെ അതിലൊന്നും പൊടിയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാം ഇരുന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഇരിപ്പ് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണം അതേ സമയത്ത് അതിന്റെ അടിയിലൊന്നും കുത്താനോ അതും ഇതൊന്നും പാടില്ല അങ്ങനെയുണ്ട് പിന്നെയോ ആസനം പ്രതിഷ്ഠാപ്യ അങ്ങനെ ആസനത്തെ തയ്യാറാക്കിയിട്ട് തത്ര ആസനെ ആ പീഠത്തില് അവിടെ വേണം ഇരിക്കാൻ അവിടെ നിങ്ങൾ വേറെ ആരെങ്കിലും ഇരുത്തരുത് പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് വളരെ വലിയ കയമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ വേറെ ആരെങ്കിലും ഇരുത്തോ എന്നിട്ട് നമ്മൾ അത് നോക്കിയിരിക്കും നിങ്ങൾക്ക് ഇരിക്കാനാണ് മറ്റുള്ള ഇരിപ്പിടത്തിനെ കുറിച്ചല്ല പറയുന്നത് തത്ര ആസനേ ആ ആസനത്തില് ഉപവിശിയ ഇരുന്നിട്ട് എന്തുവേണം മന ഏകാഗ്രം കൃത്വ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിട്ട് യഥചിത്തേന്ദ്രിയക്രിയ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരത്തെ നിയമനം ചെയ്തിട്ട് അടക്കിയിട്ട് ആത്മവിശുദ്ധയെ ആത്മശുദ്ധിക്കായിക്കൊണ്ട് യോഗം യുഞ്ചാ യോഗത്തോട് ചേരണം അതായത് സമാധിയെ പ്രാപിക്കണം ഇതാണ് പറയുന്നത് അതെങ്ങനെയെന്ന് നമുക്ക് പരിശീലിക്കാം ഇതിലിനി ഭഗവാൻ ഇവിടെ പറയാത്ത ഒന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ഒന്ന് നമ്മുടെ വസ്ത്രം വളരെ പ്രധാനമാണ് വസ്ത്രം എന്ന് പറഞ്ഞാൽ അതും വൃത്തിയുള്ളതായിരിക്കണം മണക്കുന്നതാവരുത് ഇപ്പൊ ധ്യാനിക്കാൻ നേരത്തെ ഒരു ടീഷർട്ട് എടുത്തിടുക അല്ലെങ്കിൽ ജീൻസ് ഇടുക അതൊന്നും ധ്യാ ശരിയാവില്ല എന്ന് പറയാം ഇറങ്ങിയ വസ്ത്രങ്ങളൊന്നും പാടില്ല അത് ശരീരത്തിൽ എന്താ മുറുക്കം ഉണ്ടാക്കും നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ വളരെ നാമമാത്രമായിട്ടുള്ള വസ്ത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് ശരീരം ശരീരം മാത്രമായിട്ടിരിക്കുന്നത് വളരെ നല്ലതാണ് സ്വാമി പറയുന്നത് അതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് രാത്രിയൊക്കെ രാത്രി വേണമെങ്കിൽ നിങ്ങൾ രാത്രി തന്നെ ബെസ്റ്റ് സമയമാണ് രാത്രി പക്ഷെ നിദ്രയിലേക്ക് പോരുത് അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുൻപായിട്ടോ കഴിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചത് ചെയ്യുമ്പം നിദ്രയിലേക്ക് വീഴും അതുകൊണ്ട് നല്ലൊരു ഉണർവോട് കൂടി വേണം ചെയ്യാൻ ആ സമയം എപ്പോഴാണെന്ന് നമ്മൾ കണ്ടെത്തണം ആ സമയത്ത് ഇടയ്ക്ക് എഴുന്നേറ്റ് ഫോൺ അടിക്കുക അല്ലെങ്കിൽ മൊബൈൽ മുൻപിൽ വെക്കുക എന്നിട്ട് അതിൽ നിന്നൊരു കോഡ് ഇതിങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തുകൊണ്ടിരിക്കുക ഇത്തരം വ്യാപാരങ്ങളൊന്നും ഇവിടെ അനുവദനീയമല്ല അതുകൊണ്ട് അതെല്ലാം മാറ്റിവെക്കണം അതുകൊണ്ട് വസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം കുളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ സ്വയം നമ്മെ മണക്കാൻ പാടില്ല ചിലപ്പോൾ അങ്ങനെയുണ്ടല്ലോ നമ്മൾ തന്നെ ഉയർത്ത് ആകെ കൂടെ ഒരു ഒട്ടിപ്പിടിക്കും നമ്മളെ തന്നെ അതുകൊണ്ട് മേലൊക്കെ കഴുകി ശുദ്ധമാക്കി കാലും മുഖവും ഒക്കെ കഴുകി നല്ല ഫ്രഷായിരിക്കണം പറ്റുമെങ്കിലൊന്ന് ബ്രഷ് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി നല്ല നന്നായിട്ടൊന്ന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവട്ടെ എന്ന് പറയാം എന്നിട്ട് വേണം ഇരിക്കാൻ അത് വളരെ പ്രധാന അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും അതുകൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആത്മവിശുദ്ധയെ യോഗം യുജ്യാത് ആത്മശുദ്ധിക്കായിട്ട് സമാധി അനുഭവത്തിനായിട്ട് ധ്യാനം പരിശീലിക്കണം ഇനി എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ രണ്ട് എന്താ രണ്ട് ഭാവങ്ങൾ രണ്ട് ശ്ലോകങ്ങളും കൂടെ അതിൻ്റെ അടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന നോക്കാം നമുക്ക് സമം കാശിഗ്രീവം ധാരയ ചലം സ്ഥിര സമ്പ്രേക്ഷ്യാതി സ്വശ്ചാനവലോക്കിഗതഭി പ്രതി സ്ഥിര മനഃ സംയമ്യമിത്ത സമം കാ ശിരോ സേക്ഷ്യം സ്വശ്ചാനവലോകൻ പ്രശാന്തമാ വിഗതഭീരി ബ്രഹ്മചാരി വ്രേ സ്ഥിര മന സംയമ്യ മിത്ത യുക് ആസീത മത്പര പറയണം കായ ശിരോഗ്രീവം കായം എന്ന് പറഞ്ഞാൽ ശരീരം അതുപോലെ ശിരസ് ഗ്രീവം കഴുത്ത് ശരീരത്തെയും ശിരസിനെയും കഴുത്തിനെയും ഒരു നേർ രേഖയിൽ എന്ന വണ്ണം ചിലപ്പോ അങ്ങനെ ഒഴിഞ്ഞിട്ടായിരിക്കാം അത് പാടില്ല നേരെ സമം ഒരുപോലെ എന്നിട്ടോ ആ ഇളകാതെ ധ്യാനത്തിലെ ഇളക്കം പാടില്ല ഇളകാതെ അച്ചല ധാരയൻ ധാരയൻ എന്ന് പറഞ്ഞാൽ അതിനെ ധരിച്ചിരിക്കുന്നവനായി വഹിച്ചിരിക്കുന്നവനായി ധാരയൻ സ്ഥിര നിശ്ചലനായിട്ട് സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ തന്റെ മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കുന്നതായി തന്റെ മൂക്കിന്റെ ഈ ധ്യാനിക്കാനിരിക്കും ഇനി അടുത്തുള്ളവന്റെ മൂക്ക് നോക്കരുത് കുട്ടികൾക്കുണ്ട് ഈ ബാൽവിഹാർ ക്ലാസിലൊക്കെ കുട്ടികളോട് നമ്മൾ കണ്ണടച്ചിരിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കാറുണ്ട് ആ സമയത്ത് കുട്ടികളോട് പറയും എല്ലാവരും കണ്ണടക്കിയോ അവസാവകാശത്തിൽ കണ്ണടയ്ക്കയോ അല്ലെങ്കിൽ കുട്ടികൾ കണ്ണടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കണ്ണ് പിടിച്ചിട്ടിങ്ങനെ വല്ലാത്തൊരു ബലമാണ് അവർക്ക് കണ്ണുപിടി അടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട നമുക്കും അത് ഉണ്ടാവും എന്നിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്യും എല്ലാവരും അടച്ചിട്ടുണ്ടോ നോക്കാൻ മറ്റു കുട്ടികളെ നോക്കും എന്ന് പറയാ അതുകൊണ്ട് അത് വേണ്ട ഇവിടെ നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് വേറുള്ളവരെ മൂക്ക് നോക്കണ്ടെന്ന് പറയാ സ്വം നാസികഗ്രം തന്റെ നാസികയുടെ അഗ്രത്തേക്ക് നാസികയ്ക്ക് രണ്ടഗ്രമുണ്ട് ആഹാ ഏതാണ് ഒന്ന് ആരംഭം ആരംഭം എന്ന് പറഞ്ഞ ബ്രൂ മദ്യം ഭഗവാൻ തൊട്ട് മുൻപ് പറഞ്ഞ ബ്രൂർ മദ്യേന പുരികങ്ങളുടെ ഇടയിൽ നിന്ന ഇപ്പൊ നാസിക ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് അതുപോലെ അവസാനിക്കുന്നത് ഇവിടെയാണ് അപ്പൊ ഇവിടേക്കാണ് മനസ്സിനെ ഒന്ന് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കാൻ പറയുന്നതാ ശ്രദ്ധ ഇവിടേക്ക് വരട്ടെ നാസികാഗ്രം സംപ്രേക്ഷ്യ മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കിക്കൊണ്ട് എന്ന് പറയുമ്പം ഈ കണ്ണുകളെ ഇങ്ങനെ നോക്കാറുണ്ട് കണ്ണ് തുറന്നുള്ള ധ്യാനം ഉണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ നിങ്ങളുടെ മൂക്കിന്റെ അഗ്രഹം ശ്രമം നടത്തി നോക്കും തലവേദനയ്ക്ക് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കോളും ഈ മുഗൾ ഭാഗം കാണാം കാണണം നാസികാഗ്രം സംപ്രേക്ഷ്യ നോക്കിക്കൊണ്ട് ദിശ ദിക്കിലേക്ക് ന അവലോകയൻ നോക്കാതെ അവിടേക്കും ഇവിടേക്കും ഒന്നും നോക്കണ്ട എന്ന് പറയും അപ്പൊ ഭഗവാന്റെ ഉദ്ദേശം എത്രയുള്ളൂ മായ ശ്രദ്ധയും ഒരു ഏകാഗ്രപ്പെടേണ്ടതുണ്ട് പറയാ എന്നിട്ടോ വികത ഭീഹി ഭയം ഒട്ടും വേണ്ട പേടിച്ചു കൊണ്ട മരിച്ചു പോവെന്ന് അങ്ങനെ ഒരു പേടി ഉണ്ടാവും നമുക്ക് ഭഗവാനെ സമാധിയാവുക കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി പോവോ വികത ഭീഹി അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ നല്ലതാണ് എന്തായാലും ചമ്രം പടിഞ്ഞിരുന്ന് മരിച്ചു എന്നെങ്കിലും ആളുകൾ പറയല്ലോ അല്ലാതെ വല്ല വല്ല കോലത്തിലൊക്കെ ഇപ്പൊ നമുക്ക് ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ അല്ലെ മരിച്ചു കഴിഞ്ഞാ അവരുടെ കോലം പിന്നെ അത് ഷെയ്പ്പാക്കി എടുക്കുന്ന ഇപ്പൊ ഇപ്പൊ മരണാനന്തരം ബ്യൂട്ടി പാർലറും ഒക്കെ ഉണ്ട് അവര് പോയി ശരിയാക്കി കൊടുക്കണം ഇപ്പം വികത ബീഹി അങ്ങനെയുള്ള മരണഭയമോ മറ്റു ഭയങ്ങളോ ഇപ്പം കടക്കാരൻ വന്ന് കടം ചോദിക്കുന്ന സമയത്ത് ധ്യാനിക്കാനിരിക്കുകയൊക്കെ ആവുമ്പം ഭയം ഉണ്ടാവും യാതൊരു വിധത്തിലുള്ള ഭയചിന്തകളും ഇല്ലാതെ ഭയത്തെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ദിശ അനവലോകയൻ തിക്കുകളിലേക്ക് നോക്കാതെ പ്രശാന്താത്മാ മനസ്സിന്റെ ഇവിടെയൊക്കെ പറയുന്നത് മനസ്സിന്റെ സാമ്യാവസ്ഥയാണ് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ബ്രഹ്മചാരി വ്രതേ സ്ഥിത ബ്രഹ്മചാരി സ്വീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവനായിക്കൊണ്ട് എന്നല്ല ബ്രഹ്മചാരി വ്രതത്തെക്കുറിച്ച് നമ്മൾ പറയാം വരാൻ പോകുന്നുണ്ട് മനസ്സംയമ്യ മനസ്സിനെ അടക്കിയിട്ട് മത് ചിത്ത എന്നിൽ ചിത്തത്തെ ഏകാഗ്രപ്പെടുത്തിയിട്ട് മത്പരഹ എന്നെ ലക്ഷ്യമായി സ്വീകരിച്ചിട്ട് യുക്ത ആസീത് യോഗിയായി ഭവിക്കണം ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ നാളെ ഇതിൻ്റെ ബാക്കി ബാക്കി കാര്യങ്ങളല്ല ഇത് ഇത് തന്നെ നമുക്കൊന്ന് ശാന്തമായി ശ്രവിക്കാം എന്ന് പറയാം ആറാം അധ്യായം ധ്യാനയോഗം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്താണ് ധ്യാനം ധ്യാനം കൊണ്ടുള്ള ഫലം എന്ത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ ധ്യാനത്തിന് പുറപ്പെടുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ വേണ്ടതെന്താണ് എന്ന് ഭഗവാൻ ഈ ആറാം അധ്യായത്തില് പത്താമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് പത്താമത്തെ ശ്ലോകം മുതല് ആണ് ധ്യാനത്തിന്റെ എന്താ ധ്യാനത്തിന് തയ്യാറാകുന്നത് എങ്ങനെയാണ് യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസിസ്ഥിത ഏകാഗി യഥ ചിത്താത്മ നിരാശീര പരിഗ്രഹ ആളൊഴിഞ്ഞ വിജനമായ ഒരു ഇടം കണ്ടെത്തണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാം അതിനു മുൻപ് നാല് അഞ്ചാമത്തെ ശ്ലോകം ഉദരേദാത്മനാത്മാനം ആ ഉദരേദാത്മനാത്മാനത്തിൽ നിന്ന് ആ ശ്ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ എന്തിനിത്തിരിക്കുന്നത് ധ്യാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ നമ്മൾ രണ്ട് തീരുമാനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് രണ്ടും തെറ്റാണെന്നാണ് ഒന്ന് എങ്ങനെയെങ്കിലും വിഷയങ്ങളെ അനുഭവിക്കണം അതിനുള്ള മത്സരം ആ മത്സരത്തിൽ പരാജയപ്പെടുന്ന സമയത്തുള്ള ഒളിച്ചോട്ടം എസ്കേപ്പിസം ഇത് രണ്ടുമല്ല അത് പരാജയപ്പെട്ടാലുള്ള തിരിച്ചുവരവല്ല സന്യാസം അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കാനുള്ള ഇടപാടുകളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടത് തന്നെയുണ്ട് ഇവിടെ ഇതാ ഈ പത്താമത്തെ ശ്ലോകത്തില് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കണോ നിരാശ്രയനായിട്ട് കാമസങ്കല്പങ്ങളെ ഉപേക്ഷിച്ചവനായിട്ടൊക്കെയാണ് നമ്മൾ എന്തിനു പുറപ്പെടുന്നത് ധ്യാനത്തിന് പുറപ്പെടുന്നത് അപ്പൊ വളരെ സാവകാശം ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയാണ് ശനൈ ശനൈരുപരമേത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് പറയാൻ പോകുന്നുണ്ട് സാവകാശത്തിൽ ഒരു ഹറിപറയും വേണ്ട എന്ന് പറയാം ഒരു തിരക്ക് പിടിച്ചിട്ട് ഓടിപ്പോയിരുന്ന് തിരക്ക് പിടിച്ച് ധ്യാനിക്കേണ്ടതല്ല അപ്പം ഗീത ഇതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ തരുന്നു ധ്യാനത്തിന് ഈ സമയത്ത് സ്വാമിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ നിങ്ങൾ പലയിടത്തും പല യോഗങ്ങളും ചെയ്യുന്നവരായിരിക്കാം ആ യോഗം ഈ യോഗം ഞാൻ സ്വാമി കുറച്ചു കാലം അവിടെ ആ യോഗത്തിന് പോയിട്ടുണ്ട് അപ്പോ ആ യോഗവും ഈ യോഗവും തമ്മിൽ എങ്ങനെയാണ് അതൊന്നും സ്വാമിക്കറിയില്ല സ്വാമി പറയുന്നത് ഗീതയാണ് പിന്നെ ഇതിന്റെ കൂടെ ഉപനിഷത്തും കൂടെ പറയാം വേറെ ഓരോരുത്തർ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ലൈറ്റ് വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഈ കൂട്ടത്തിൽ അതും കൂടി ആയിക്കൂടെ ഇപ്പൊ അലോപ്പതി ഡോക്ടർമാര് കുറച്ചൊക്കെ ആയുർവേദവും ആവാന്ന് പറയുന്നുണ്ട് കൂട്ടത്തിൽ കുഴമ്പൊക്കെ പുറത്തേക്കുള്ള കുഴമ്പും ചില്ലറ ചില്ലറ നടക്കട്ടെ എന്നാണ് പണ്ട് അവരെ ഒട്ടും അനുവദിച്ചിട്ടില്ല നിങ്ങൾ ഈ മരുന്ന് അലോപ്പതി എടുക്കുന്ന സമയത്ത് ആയുർവേദം പറ്റില്ല ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അവര് പറയുന്നുണ്ട് കുറച്ച് ഈ പറഞ്ഞ സംഗതികളൊക്കെ ആവാം എന്ന് പറയുന്നുണ്ട് അതുപോലെ സ്വാമിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങളുടെ കുറച്ച് അതും കുറച്ച് ഇതും എന്നൊന്ന് അതായത് ഇവിടെ പറയുന്ന ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലും ഗീത ഉണ്ടാവുമല്ലോ അതാണ് സ്വാമി പറഞ്ഞു വരുന്നത് പിന്നെ ഉള്ളത് ഉപനിഷത്ത് ഉപനിഷത്തിലെ കടോപനിഷത്ത് ഈ പരമമായ ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് നേടേണ്ടത് എന്ന് ഒരു സംശയത്തെയും സ്വാമി എന്റർടൈൻ ചെയ്യില്ല ഉം പിന്നെ നമ്മളടുത്ത് വന്ന് ചോദിക്കുകയേ വേണ്ട അവരെങ്ങനെ ഉണ്ടല്ലോ അവരങ്ങനെ ഉണ്ടല്ലോ ഇല്ല നമുക്ക് വയ്യ അതൊന്നും പറയാം പറഞ്ഞു പറഞ്ഞ് മതിയായി എന്ന് പറയാം അതെ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ അതുകൊണ്ട് ഇത് നിങ്ങൾ കേൾക്കും ദയവ് ചെയ്തിട്ട് അപ്പൊ സ്വാമി ഇപ്പൊ ഉയരം പറഞ്ഞു ഉയരം വേണ്ട എന്ന് പറഞ്ഞു ശരി താഴെയാവില്ല എന്നാലും ഒരു ഒരു രണ്ടിഞ്ചുള്ളത് കുഴപ്പമുണ്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ യുക്തി പോലെ മനസ്സിലാക്കിയെടുക്കണം അല്ല വീട്ടില് വേണമെങ്കിൽ സ്വാമി ഒന്ന് വന്ന് കണ്ട നന്നായിരുന്നു ഒരു അത് എന്നിട്ട് ആദ്യം ഒന്ന് ബ്ലസ് ചെയ്ത് തരണം ആയിരിക്കുന്നത് അങ്ങനെ ഒന്ന് ആദ്യം തന്നെ സ്വാമി ഒന്ന് തുടങ്ങി തരണം ഇല്ല നിങ്ങൾ തന്നെ ഭഗവാനെ വിചാരിച്ചിട്ടാണ് തുടങ്ങിക്കൊള്ളൂ നമുക്കതിന്റെ സൂചനകളൊക്കെ തരാം അപ്പൊ പത്താമത്തെ ശ്ലോകം മുതല് ശ്രദ്ധിക്കുക തുടർന്ന് ഭഗവാൻ പറഞ്ഞു ശുചൗദേശയെ പ്രതിഷ്ഠാപ്യ ഇതിലൊന്നും കോംപ്രമൈസിന് പോകരുത് തുടക്കത്തിൽ ധ്യാനം എന്ന് പറഞ്ഞാല് ഏത് കാര്യം അഭ്യസിക്കുന്നതിനും ആരംഭത്തിൽ തുടക്കത്തിലൊരു എന്താ പറയുക ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അഭ്യാസം എന്ന് പറയും ധ്യാനം എന്ന് പറഞ്ഞാൽ സൈക്കിൾ പഠിക്കുന്നത് നമുക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ പറയാനായിരിക്കും ഏറ്റവും സൗകര്യം സൈക്കിള് പഠിച്ചിട്ടുള്ളവർക്കറിയാം പഠിക്കാത്തവർ പഠിക്കാൻ ഒരു ശ്രമവും നടത്താം അപ്പൊ മനസ്സിലാവും സൈക്കിള് സൈക്കിൾ ഓടിച്ചു പോകുന്നത് കാണുമ്പോ വിചാരിക്കും വളരെ എളുപ്പമാണല്ലോ എന്ന് അങ്ങനെ കുട്ടിക്കാലത്ത് സൈക്കിള് പഠിക്കാൻ പഠിച്ച് സ്വാമിക്ക് സൈക്കിൾ അറിയാം അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് പഠിച്ചിട്ടുള്ളവർക്കറിയാം അപ്പൊ അതിന്റെ മുകളില് ആരെങ്കിലുമൊക്കെ സൈക്കിള് പഠിപ്പിച്ചു തരാൻ തയ്യാറാവുന്നത് വളരെ പല പല അപേക്ഷകളൊക്കെ കൊടുത്തിട്ടാണ് അപ്പം അങ്ങനെ അവരങ്ങോട്ട് കയറ്റിയിരുത്തും ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വളരെ എളുപ്പത്തിൽ ചവിട്ടാന്ന് ഇല്ല മറിഞ്ഞു വീഴും അപ്പം ആദ്യം അത് ഉരുട്ടിപ്പഠിക്കണം സൈക്കിൾ വേഗത്തിൽ പഠിക്കാനുള്ള ഒരു വഴി അത് ഉരുട്ടിപ്പഠിക്കുക പിന്നെ അത് ഇടങ്കാലിട്ട് ചവിട്ടുക പറയും ഒരു കാലിൽ ഇടയിലിട്ടിട്ടിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക പിന്നെ പിറകുന്ന ആരെങ്കിലുമൊക്കെ പിടിച്ചു തരും പിടിച്ചു തന്ന് നമ്മളതിങ്ങനെ ഓടിക്കുന്ന സമയത്ത് താഴെ നോക്കാൻ തോന്നും ചവിട്ടെന്നിടത്ത് അപ്പം അവർ നേരെ നോക്കാൻ പറയും വരുന്നവരൊക്കെ നമ്മളെ കുത്തിക്കാൻ വരുന്നത് പോലെ തോന്നും വളരെ ശക്തിയായിട്ട് പിടിക്കും ഏതായാലും പിടിക്കലും ചവിട്ടലും പോവലും വളയ്ക്കലും എല്ലാം ബെല്ലടിക്കലും ബ്രേക്ക് പിടിക്കലും വലിയ പ്രയാസമാണ് കാറ് ഓടിക്കാൻ പഠിച്ചിട്ടുള്ളവർക്കറിയാം മൂന്നെണ്ണുണ്ട് ബ്രേക്ക് ക്ലച്ച് ആക്സിലറേറ്റർ രണ്ട് കാലേ ഉള്ളൂ പിന്നെ ഗീർ അല്ലേ ഇടയ്ക്ക് ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ചവിട്ട് വലിയ ബുദ്ധിമുട്ടാ ഇതൊന്നിങ്ങനെ എന്താ പറയാ കൊണ്ടുപോവാൻ ഒരു ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളൊരമ്മയുണ്ട് ആ അമ്മയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തിരിക്കണമെങ്കിൽ എട്ട് കമ്പി വേണം ഈ എച്ച് എട്ട് പഠിച്ച് പഠിച്ചിട്ട് അവർക്ക് അതെ അങ്ങനെ അവർക്ക് റിവേഴ്സ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കമ്പികളുടെ ഇടയിലൂടെ അപ്പം നമുക്ക് തോന്നും ഇതൊക്കെ എന്താ എല്ലാം കൂടെ ചെയ്യുക രണ്ടു കാലല്ലേ ഉള്ളൂ മൂന്ന് കാര്യങ്ങൾ ചെയ്യണമല്ലോ പക്ഷെ സൈക്കിൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈക്കിളിൽ പോകുന്നതാണ് ടിട്ടി ആളുകൾ രണ്ട് കൈയും വിട്ട് അല്ലേ കയ്യും വിട്ട് കയ്യിൽ വലിയ വലിയ കോണിയൊക്കെ കയ്യിലിങ്ങനെ കൊണ്ടുപോകുന്നതാണ് വലിയ വടി മുളവടി അല്ലെങ്കിൽ വലിയ ഇരുമ്പ് പൈപ്പ് കുട്ടികളെ എടുത്തു പോകണോ ഒറ്റ കൈ ധാരാളം ഒരു കയ്യിൽ കൊട ഒരു കയ്യിൽ സൈക്കിൾ പഠിക്കുമ്പോൾ പറ്റുമോ ഒരു കയ്യിൽ കുടയും ഒരു കയ്യിൽ സൈക്കിളും ഹാൻഡിലും ഇല്ല പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആ കല സ്വായത്തമായാൽ പിന്നെ നമുക്ക് ഓട്ടോവർഷയിൽ ഇരുന്നിട്ടും ധ്യാനാകാം അതുകൊണ്ട് തുടക്കത്തിൽ ഓട്ടോവർഷയെ പറ്റോ പറ്റില്ല ഇത് മനസ്സിലാവണം മനസ്സിലാക്കണം ഇപ്പൊ ഒരു സാധകൻ ആരംഭത്തില് ഈ വക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിട്ടാണ് ഈ സത്യം അറിയേണ്ടത് അതിന് ശുചോ ദേശെ പ്രതിഷ്ഠാപ്യ ശുചിത്വം വളരെ പ്രധാനമാണ് ആ സ്ഥലത്ത് ഇരുന്നിട്ട് അധികം മുകളിലല്ല അധികം താഴെയും അല്ല അതായത് നമുക്കൊക്കെ പെരുമാറാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങനെ ആ സ്ഥലത്ത് സ്ഥിരമായിട്ട് അതിന് പറയുന്നു ഇനി അതും തുടക്കത്തിൽ നല്ലതാ നിങ്ങൾ ഇന്നിവിടെ ഇരുന്നു നാളെ വേറൊരു സ്ഥലത്ത് പോയിരുന്നു മറ്റന്നാൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക നോക്കുമ്പോൾ ഇങ്ങനെ പല പല പലയിടത്ത് പോയിരുന്ന് ധ്യാനിക്കുന്നു സ്ഥിരമായിട്ട് ഒരു സ്ഥലം കണ്ടെത്തുന്നത് നല്ലതാണ് അത് ഏറ്റവും തുറസ്സായ ശുദ്ധമായ പ്രാണവായു കിട്ടുന്ന ഒരു സ്ഥലം എന്നിട്ടോ അവിടെ ഇരുന്ന് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തേണ്ടതുണ്ട് ആ വിദ്യകളൊക്കെയാണ് നമ്മളിനി അഭ്യസിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മനസ്സിനെ ഏകാഗ്രമാക്കുക മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം മനസ്സിനെക്കുറിച്ച് മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിനെ എങ്ങനെയാണ് ഏകാഗ്രപ്പെടുത്തുക മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ബന്ധത്തെയൊക്കെ കേൾക്കുമ്പം ബുദ്ധിപരമായിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ ബന്ധം ഞാൻ അറിയുന്നില്ലല്ലോ മനസ്സും ഇന്ദ്രിയവും തമ്മിൽ ബന്ധപ്പെടുന്നത് ആ ബന്ധം വിച്ഛേദിക്കുന്നതൊന്നും എനിക്ക് അനുഭവം വരുന്നില്ലല്ലോ അതിനൊക്കെ നമുക്ക് അതിനെയൊക്കെയാണ് നമ്മൾ ഇനി സൂക്ഷ്മമായിട്ട് അറിയേണ്ടത് അവക കാര്യങ്ങൾ എന്നിട്ടോ ആത്മവിശുദ്ധയെ ആത്മവിശുദ്ധിക്കായിട്ട് ആത്മസാക്ഷാത്കാരത്തിനായിട്ട് യോഗം യുഞ്ചിയ യോഗ യോഗത്തിലേക്ക് സമീപിക്കണം യോഗത്തെ അഭ്യസിക്കണം എന്ന് പറഞ്ഞു അതിനാണ് ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ എന്താ എങ്ങനെയാണ് ശരീരത്തെ നിലകൊള്ളിക്കേണ്ടത് എന്നും പറഞ്ഞു എന്തൊക്കെയാണ് സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രംസും ദിശ്ശാനവലോകയൻ പ്രശാന്താത്മ വിഗതീഹി ബ്രഹ്മചാരി ബ്രദേ സ്ഥിത മനസംയമ്യ മച്ചിത്ത യുക്ത ആസീത മത്തരഹ പതിമൂന്നും പതിനാലും ശ്ലോകങ്ങൾ നാം നിലകൊള്ളേണ്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ ഇതിലും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകാം സ്വാമി ഇതിനെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറയുന്ന സമയത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ അതില് സംശയങ്ങളൊന്നും ഉണ്ടാകേണ്ട ഒന്ന് പറഞ്ഞു വസ്ത്രം വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം അത് എന്താ ഓരോ കാലത്തിനനുസരിച്ചുള്ള വസ്ത്രം ചിലപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് സ്വാമി പറഞ്ഞിട്ടുണ്ട് അധികം വസ്ത്രമൊക്കെ ഇല്ലാത്തതാണ് നല്ല എന്നിട്ട് തണുപ്പുള്ള സമയത്ത് നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടരുത് എന്നാൽ തണുപ്പത്ത് വളരെ മൂടി പുതച്ച് സുഖമായിരുന്നങ്ങനെ അപ്പോഴെ ഉറക്കവും വരും സ്വാമിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് നാം നമ്മെ ഈ വിഷയത്തിൽ കബളിപ്പിക്കാൻ പാടില്ല ഇത്രയുള്ളൂ ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഞാൻ ധ്യാനിക്കാനിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ പറ്റിക്കാൻ പാടില്ല കബളിപ്പിക്കരുത് പല കോംപ്രമൈസും നമ്മൾ ചെയ്യും അതൊക്കെ ഞാൻ എന്നെ വഞ്ചിക്കലാണ് അത് ചെയ്യരുത് ഈ വിഷയത്തിൽ അതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങുക അവിടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങരുത് ചിലപ്പോ ഉറക്കം വരും ഉറക്കം വരുമ്പോ മതിയാക്കിക്കോളൂ പോയിട്ട് വേറെ എവിടെയും കിടന്നുറങ്ങും ഞാൻ ധ്യാനിക്കുകയാണ് എന്നും പറഞ്ഞുറങ്ങരുത് അപ്പൊ എന്താ പറയുക ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതികളൊക്കെ സ്വീകരിക്കാം ആ വസ്ത്രം തന്നെ നമ്മളെ ഒരു കാര്യത്തിന് തയ്യാറാക്കുന്ന ഒരു ടീഷർട്ടും പെറുമൂടും ഇട്ടിട്ട് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ധ്യാനത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവോ ഇല്ല ആ സമയത്ത് വല്ല ബാറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആട്ടി അടിക്കാനൊക്കെ അതിപ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സായാലും ഒരു ഒരു കളിക്കാനൊക്കെ ഉള്ള ഒരു അഞ്ച് ശതമാനമെങ്കിലും ആ വസ്ത്രം അയാളെ പ്രേരിപ്പിക്കും എന്ത് ഒരു പെർമൂടെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കളിക്കാം എന്ന് വിചാരിക്കും നേരെ മറിച്ച് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും അതിടോ ഇല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോ അതാത് വസ്ത്രങ്ങൾ വസ്ത്രവും എന്താണ് ഈ വസ്ത്രത്തെ കുറിച്ച് പറയുന്നു നമ്മുടെ മനസ്സ് ഒന്ന് തയ്യാറാവും എന്ന് പറയാം മനസ്സിനെ ഒന്ന് അനുകൂലമാക്കിയെടുക്കാൻ മാത്രമാണ് ഇതൊക്കെ സഹായിക്കുന്നത് അപ്പൊ അതും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരംഭത്തില് ആരംഭത്തില് മാത്രം വിവേകാനന്ദ സ്വാമികൾ കാളവണ്ടിയിലും അലർന്നു കടന്നിട്ട് എന്താ പറയുക ധ്യാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താൻ ആ ഭാവത്തിൽ ഇനി എപ്പോഴും വിവേകാനന്ദ പാറ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കന്യാകുമാരിയിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും പലരും കണ്ടിട്ടും ഉണ്ടാവുള്ളൂ അല്ലേ സ്വാമിജി അവിടേക്ക് നീന്തുമായിരുന്നു കടലിൽ നിന്ന് കടൽ തീരത്ത് നിന്ന് നീന്തിയിട്ടാണ് ആ പാറ പുറത്ത് പോയി കയറി അവിടെ ഇരിക്കുന്നത് മൂന്ന് ദിവസം സ്വാമിജി അവിടെ ഇരുന്നു എന്നാ മൂന്ന് ദിവസം ഇരുന്ന് സ്വാമിജി പലതും ആ ആത്മാനന്ദത്തിൽ കഴിഞ്ഞു എന്നതും അതിലുപരി ഭാരതത്തിന്റെ ഭാവിയെയും ഭാരതത്തിന്റെ ഭൂതത്തെയും ഭാരതത്തിന്റെ വർത്തമാനത്തെയും സ്വാമിജി അറിഞ്ഞുന്ന അപ്പൊ മുഴുവൻ ദേശത്തിന്റെ ഇപ്പോഴത്തെ നിലയും കഴിഞ്ഞ നിലയും വരാൻ പോകുന്നതിനെക്കുറിച്ചും അറിഞ്ഞുന്ന അവിടെ അപ്പൊ അതൊക്കെ ഒരു ധ്യാനാവസ്ഥിത മനസ്സിൽ രൂപപ്പെട്ട് കിട്ടിയിട്ടുള്ളതാ എന്നാൽ ഇനിയിപ്പോ നമ്മൾ വല്ല പാറപ്പുറത്ത് പോകണമെന്ന് വെച്ചാൽ അത് പിന്നെ പിന്നീട് പൊയ്ക്കോളൂ നല്ലതാണ് ഈ വല്ല പാറപ്പുറവും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും പിന്നെ ഈ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കാണാം നല്ല സുഖമായിട്ടിരിക്കാം തുടക്കത്തിൽ ഈ പറഞ്ഞതൊക്കെ നമ്മൾ പരമപ്രമാണമാക്കി എടുക്കരുത് നമ്മളെ അതിലേക്ക് സഹായിക്കാൻ വേണ്ടി ഉള്ളതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് എന്ന് ദയവ് ചെയ്ത് ധരിക്കാതിരിക്കാം എനിക്കിത് നടക്കും തോന്നുന്നുമില്ല ഇത് കേൾക്കുമ്പോഴേ പറയും എനിക്ക് എന്തോ കുറവുണ്ട് നമുക്ക് ഒരു കുറവില്ല എല്ലാം അധികമാണ് അതൊന്ന് കുറച്ചാൽ മതി ഈ പാല് പാല് കൊണ്ടുപോകുന്ന വണ്ടിയില്ലേ മിൽമ പോലുള്ള വലിയ ലോറി ടാങ്കർ ലോറി ഏതോ ഒരു കമ്പനിയുടെ വണ്ടി അതിങ്ങനെ ഈ ഹൈവേയിലാണ് അത് അതിൻ്റെ ഡ്രൈവർമാരെന്തോ അതവിടെ നിർത്തി ആ വണ്ടി നിർത്തിയിട്ട് ഒരു തട്ടുകടയിൽ ചായ കുടിക്കാൻ വേണ്ടി പോയതാ അപ്പൊ പശുക്കൾ ഇങ്ങനെ പുല്ലു മേഞ്ഞിട്ട് ഈ വണ്ടി കണ്ടു അപ്പൊ പശുവിൻ്റെ ഫോട്ടോ അതിലുണ്ട് പശു ഇങ്ങനെ നോക്കി അപ്പൊ അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് ശുദ്ധമായ പാല് പശുവിൻ പാൽ എന്താ വൈറ്റമിൻ എ ബി സി ചേർത്തത് എയും ബിയും സിയും പിന്നെ വേറെ എന്തൊക്കെയോ ചേർത്തതെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു പശുവും ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് മറ്റേ പശുവിനോട് പറയാം നമുക്കൊക്കെ എന്തോ കുറവുണ്ട് എന്ന് പറയാം വളരെ ആലോചിക്കേണ്ട ഒന്ന് നമുക്കൊക്കെ എന്തോ കുറവുണ്ട് അതുകൊണ്ട് അത്തരം കുറവുകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കും എന്തൊക്കെയോ എനിക്ക് സാധിക്കോ സാധിക്കില്ലേ നമുക്ക് സാധ്യമാണ് ഉപനിഷത്തിൽ ശാന്തിമന്ത്രം നമ്മെ ഈ ഒരു ഭാവത്തിൽ ഇരുത്താൻ പറയുന്നുണ്ട് ഉപനിഷത്സു എ ധർമാന്തു തേ മൈ സന്തു വളരെ പ്രധാനപ്പെട്ടതാണ് ഉപനിഷത്തിലൊരു ശാന്തിമന്ത്രം ഈ ധ്യാനത്തിന് മുൻപ് ഒന്ന് മനനം ചെയ്യുന്നത് നല്ലതാണ് അവിടെ പറയുന്നത് ആപ്യായന്തു മമ അങ്കാനി എന്റെ അംഗങ്ങളെല്ലാം പുഷ്ടിപ്പെടട്ടെ നിങ്ങൾ മനസ്സിൽ ഓർത്തുവെച്ചോളൂ ഈ മന്ത്രം ഓർമ്മ കിട്ടിയിട്ടില്ലെങ്കിലും വിട്ടേക്കൂ എന്നാലും മന്ത്രം ഇതാണ് ഓം ആപ്യായു മമ അങ്കാനി എന്തൊക്കെയാണ് എന്റെ അംഗങ്ങൾ വാക് പ്രാണ ചു ശ്രോത്രം അതോ ബലം ഇന്ദ്രിയാണിച്ച് സർവാണി സർവാണി ഇന്ദ്രിയാണി ബലം എല്ലാ ഇന്ദ്രിയങ്ങളും ഫലപ്പെടട്ടെ അതിലേതൊക്കെ ഇന്ദ്രിയങ്ങൾ വാക് വാക് ഇന്ദ്രിയം അതുപോലെ പ്രാണ പ്രാണൻ ചക്ഷു കണ്ണ് ശ്രോത്രം കാത് അപ്പൊ എന്റെ ഇന്ദ്രിയങ്ങൾ സചേതനങ്ങളാകുന്നത് ബ്രഹ്മസാക്ഷാത്കാരത്തിനായിക്കൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് അതാ ഏ അപ്പൊ എന്റെ ഇന്ദ്രിയങ്ങൾ എന്തിനാണ് സചേതനങ്ങളാകുന്നത് അതെന്തിനാണ് പുഷ്ടിപ്പെടുന്നത് ബ്രഹ്മത്തെ അറിയാൻ സത്യത്തെ അറിയാൻ അതുകൊണ്ട് ആപ്യായും അമാഅങ്കാനി എന്റെ അംഗങ്ങൾ തേജസ് ഉറ്റതായി ബലമുള്ളതായി തീരട്ടെ സർവം ബ്രഹ്മ ഉപനിഷം മാഹം ബ്രഹ്മനിരാകുര്യ മാ ബ്രഹ്മ നിരാകരോ അനിരാകരണം അസ്തു ഈ അനിരാകരണം പരസ്പര നിഷേധം അവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ടും അടുത്തത് പറയുന്നത് അതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് യ ഉപനിഷത്സുധർമാപനിഷതിൽ എന്തൊക്കെയാണോ ധർമ്മങ്ങളായി പറഞ്ഞിട്ടുള്ളത് തേ മൈ സന്തു അത് എന്നിൽ സംഭവിക്കട്ടെ തേ മൈ സന്തു വീണ്ടും പറയണു അതെന്നിൽ സംഭവിക്കട്ടെ അപ്പൊ നാം ഇരുന്ന് ധ്യാനിക്കാൻ പുറപ്പെടുന്നതിന് മുൻപായി ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമണ്ഡലത്തിൽ ആരെങ്കിലും ഈ സത്യം സാക്ഷാത്കരിച്ചിട്ടുണ്ട് ഞാനും സാക്ഷാത്കരിക്കും അതിൽ ഒരു വ്യത്യാസവും ഈ ഒരു വേണം നോക്കാം നടക്കോ നോക്കാം അതല്ല തേ സന്തു തേ സന്തു ഇതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അതാണ് ശ്രദ്ധ അതെന്നിൽ സംഭവിക്കണം അതിനായിട്ട് എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ അപ്പൊ നമ്മളും ഇന്ദ്രിയങ്ങളും തമ്മില് ഒരു സൗഹൃദം സ്ഥാപിക്കണം ഇത് നമ്മുടെ ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളോട് എന്താ പറയുക പഠിക്കുന്ന കാര്യത്തിലൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത് കുട്ടികൾ പറയുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല നമുക്കൊരു സൗഹൃദം വേണം നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ കണ്ണിനോടും എല്ലാം ഇത് കുറേ നേരം ടി വി ഒക്കെ നോക്കി ഇപ്പം നമുക്കറിയില്ല നമ്മുടെ കണ്ണ് എത്ര എത്ര സ്ട്രെയിൻ ചെയ്യുന്നു പലതും കാണാൻ അപ്പൊ ഒരുപാട് നേരം കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് കണ്ണ് കുറേ എന്താ പറയുക ടയേഡായിട്ടിരിക്കുക പിന്നെയാണ് പോയിട്ട് വായിക്കുന്നത് അതിനെങ്ങനെ നമ്മെ വായിപ്പിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മളോടത് എന്ത് ചെയ്യും നമ്മുടെ ശരീരം ആലസ്യത്തിലേക്ക് പോവും കുറച്ച് കിടന്നുറങ്ങാൻ അറിയും അപ്പൊ നമ്മളെന്ത് വേണം ആ ഏറ്റവും ഫ്രഷായിരിക്കുന്ന സമയത്ത് വേണം എന്താണോ അറിയേണ്ടത് അതിനെ പിടിക്കാൻ ഏതാണ് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് അതിന് വേണം അതുകൊണ്ടാണ് പൂർവന്മാര് പ്രഭാതം ഇത്തരം കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറയുന്നത് നാം ഇരുന്ന് ധ്യാനിക്കാൻ പുറപ്പെടുന്നതിന് മുൻപായി ഈ പ്രപഞ്ചത്തിൽ ഭൂമണ്ഡലത്തിൽ ആരെങ്കിലും ഈ സത്യം സാക്ഷാത്കരിച്ചിട്ടുണ്ട് ഞാനും സാക്ഷാത്കരിക്കും അതിൽ ഒരു വ്യത്യാസമില്ല ഈ ഒരു ഉറപ്പ് വേണം നോക്കാം നടക്കുക നോക്കാം അതല്ല തേ മൈ സന്തു തേ മൈ സന്തു ഇതിനെയാണ് എന്ന് പറയുന്നത് ഇതാണ് ശ്രദ്ധ അതെന്നിൽ സംഭവിക്കണം അതിനായിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ അപ്പം നമ്മളും ഇന്ദ്രിയങ്ങളും തമ്മിൽ ഒരു സൗഹൃദം സ്ഥാപിക്കണം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 പിന്നെയാണ് പോയിട്ട് വായിക്കുന്നത് അതിനെങ്ങനെ നമ്മെ വായിപ്പിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മളോടത് എന്ത് ചെയ്യും നമ്മുടെ ശരീരം ആലസ്യത്തിലേക്ക് പോവും കുറച്ച് കിടന്നുറങ്ങാൻ പറയും അപ്പൊ നമ്മളെന്ത് വേണം ആ ഏറ്റവും ഫ്രഷായിരിക്കുന്ന സമയത്ത് വേണം എന്താണോ അറിയേണ്ടത് അതിനെ പിടിക്കാൻ ഏതാണ് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് അതിന് വേണം അതുകൊണ്ടാണ് പൂർവന്മാർ പ്രഭാതം ഇത്തരം കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറയുന്നത് പ്രഭാതം തന്നെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പക്ഷേ സ്വാമി ഇത് പറയുന്ന സമയത്ത് ഇതും പറഞ്ഞു എഴുന്നേറ്റ് പോയി കഴിഞ്ഞാല് ഇത് നടക്കില്ല എന്ന് സ്വാമിക്ക് അറിയാം കാരണം പ്രഭാതം നമ്മുടെ ഇഡലി അതുപോലെ മറ്റു പല കാര്യങ്ങളും ഇഡ്ഡലി ചെമ്പും ഇഡ്ലി തട്ടും ഒക്കെ സ്റ്റവിന്റെ മുകളിൽ ഇരിക്കുമ്പം ധ്യാനം കാരണം നമുക്ക് ധ്യാനത്തേക്കാൾ പ്രധാനമായിട്ട് എത്രയായാലും കുട്ടികളുടെ ഭക്ഷണത്തിന്റെ കാര്യവും വീട്ടിലുള്ള ആളുടെ ഓഫീസിൽ പോകുന്ന കാര്യം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ട് ഋഷിക്ക് അതൊന്നും ഇല്ലായിരുന്നു രാവിലെ തന്നെ പാൽക്കാരൻ വരിക പത്രക്കാരൻ വരിക സ്കൂളിലേക്ക് പറഞ്ഞയക്കുക പച്ചക്കറിക്കാരം എല്ലാറ്റിനും ആളാണല്ലോ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഈ കഥകൾ തുറന്നു കൊടുക്കാൻ തന്നെയേ നമുക്ക് സമയമുണ്ടാവുള്ളൂ രാവിലെ ഒരു പത്തര മണിവരെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് പല എന്താ പറയുക രീതി കാലാനുസൃതമായിട്ട് ഈ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു അതേസമയം അതേ സമയത്ത് ബ്രാഹ്മ മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന എന്താ പറയുക ഇപ്പൊ മൂന്ന് മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുന്നുവെങ്കിൽ പലപ്പോഴും നിങ്ങൾ മൂന്ന് മണി കണ്ടിട്ടുണ്ടോ കണ്ടാവും കണ്ടവരപ്പോ ഉണ്ടാവാം അല്ലെ അതിസുന്ദരമാണ് ആ സമയം അവരൊരു ശ്രമം നടത്തി നോക്കൂ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു എന്നറിയാൻ വേണ്ടി ഒരു കസേരയായിട്ട് ചെല്ലു മോളിലേക്ക് ഒരു പന്ത്രണ്ട് ഒരു കുറച്ച് നേരത്തെ കിടന്നുറങ്ങിയിട്ടോ അല്ലെങ്കിൽ പകൽ കുറച്ചൊക്കെ കിടന്നുറങ്ങിയിട്ട് രാത്രി പോയി ഇരുന്ന് നോക്കൂ ആകാശത്തേക്കൊക്കെ നോക്കിയിരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു നക്ഷത്രങ്ങൾ എങ്ങനെയാണ് വല്ല നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കൂ നല്ല വളരെ രസമാണ് കാഴ്ചകൾ അപ്പൊ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് രാവിലെ അതുകൊണ്ടാണ് ഈ പഠിക്കുന്ന കുട്ടികളോടൊക്കെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പണ്ടുള്ളവർ പറഞ്ഞത് അതിനാണ് പക്ഷേ ഇന്ന് കുട്ടികൾക്ക് നേരം വൈകി പഠിക്കുന്നത് അവരുടെ ഒരു രീതിയാണ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വിട്ടേക്ക് ഇനി അധികം അവരുടെ ആ ഇതിലൊന്നും പോയി നമ്മൾ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ചിലപ്പോൾ ചില കുട്ടികൾക്ക് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെയൊക്കെ അവർ രാത്രി ഇരുന്ന് പഠിക്കും പക്ഷേ രാവിലെ എഴുന്നേക്ക് അവരൊരു ഒൻപത് മണിക്കൊക്കെ ആയിരിക്കും എട്ടര എട്ട് മണിയൊക്കെയാണ് അവരുടെ രാവിലത്തെ ബ്രാഹ്മ അതെ അങ്ങനെ അത് അവരങ്ങനെ ശീലായിപ്പോയി അതുകൊണ്ട് ഇപ്പൊ സ്വാമി പറയുമ്പം ഇതൊക്കെ ചിലർക്ക് വളരെ സൗകര്യമാണ് അച്ഛ സ്വാമി പറഞ്ഞിട്ടില്ലേ കണ്ടോ രാവിലെ അങ്ങനെ അധികം നേരത്തെ ഒന്ന് എഴുന്നേക്കണ്ട വെറുതെ അച്ഛൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വേണ്ട അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ അധികം ധ്യാനത്തിനൊന്നും പോകണ്ട ധ്യാനം നല്ലത് തന്നെ നമുക്ക് തോന്നുന്ന സ്കൂളില് ഒരു പിരീഡ് മെഡിറ്റേഷൻ എന്നുള്ളത് നിർബന്ധമാക്കേണ്ടതാണ് ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങണം അഞ്ചല്ല കെ ജി മുതലേ തുടങ്ങാം ഇരിക്കാനൊക്കെ അവിടെ പഠിപ്പിക്കാം ആദ്യ ഒരു എന്താ പറയാ പല പല തട്ടുകളായിട്ട് കണ്ണടച്ചിരിക്കാനും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വളരെ എളുപ്പമാണ് ചെറിയ കുട്ടിയെക്കാണിത് വളരെ എളുപ്പം ശരി പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് നമ്മൾ പോയിട്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെ എന്താ പറയുക ഏതെങ്കിലും ഒന്നും കുടുങ്ങി പാടില്ല അതുകൊണ്ടാണ് ഈ കാലാനുസൃതമായിട്ട് നാം കാര്യങ്ങളെ കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അധികാലത്തായിരുന്നു പണ്ടുള്ളവർ ധ്യാനിച്ചിരുന്നതെങ്കിൽ അധികാലത്ത് എനിക്ക് എഴുന്നേറ്റ് ധ്യാനിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ എങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് സൗകര്യമുള്ള സമയം ധ്യാനിക്കാൻ പറ്റില്ല ആ സമയം ധ്യാനത്തിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതെവിടെയും പറഞ്ഞിട്ടില്ല അതാണ് സ്വാമിക്ക് നിങ്ങളോട് പറയാനുള്ളത് പക്ഷെ നിങ്ങളെ ചിലര് അതിൽ നിന്ന് വിലക്കും ഏ ഈ സമയമൊന്നുമല്ല അതിന് വേണ്ടത് നിങ്ങൾ ഈ സമയം തന്നെ അയ്യോ ആ സമയം എനിക്ക് പറ്റില്ലല്ലോ എന്നാൽ നിങ്ങൾ ചെയ്യാതിരിക്കൂ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുമോ എന്ന് പറയാം അങ്ങനെ അതിനൊന്നും പ്രമാണമില്ല തുടർന്ന് ഇതിൽ വേണ്ട ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താ നമ്മുടെ മനസ്സിന്റെ ആ എത്രത്തോളം ഞാൻ ഇതില് ഇഴുകിച്ചേരാൻ എന്നിൽ സമയമുണ്ട് എനിക്കെത്ര ഈ ഇപ്പൊ ഒരു സൈക്കിൾ പഠിക്കുമ്പോൾ എനിക്കൊരു സമയമുണ്ടല്ലോ ഇപ്പൊ ഒരു മണിക്കൂർ ദിവസത്തിൽ ഞാൻ ഇതിനുവേണ്ടി ചിലവഴിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം അതെപ്പോഴൊക്കെ എനിക്കത് ആവശ്യമുണ്ടോ ആ സമയത്ത് ഞാനതിന് ഉപയോഗിക്കും ഇതായിരിക്കണം ധ്യാനത്തിന്റെ കാര്യത്തിലും പിന്നെ നിങ്ങൾക്ക് ചിലപ്പം ഉച്ചയ്ക്ക് ഒരു മണി ഒരു മണിക്ക് നിങ്ങൾക്ക് ചിലപ്പം ഓഫീസിൽ എന്താ ലഞ്ച് ബ്രേക്ക് ഉണ്ടല്ലോ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ സമയം ഇതിന് കിട്ടും അതിന് ഉപയോഗിക്കാം ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും പറയുന്നത് നമ്മൾ നമ്മളോട് അങ്ങേയറ്റം ആത്മാർത്ഥത ഉള്ളവരായിരിക്കണം പിന്നെ ഇതിനൊന്നും ഒരു പ്രശ്നമേ ഇല്ല ഇത് അതില്ലാത്തവരാണ് പല ഒഴിവ് കഴിവുകളും പറയുന്നത് സ്വാമി ഞങ്ങൾക്കിപ്പോ ഗീതാ ക്ലാസ് ഇവിടെ നടക്കുന്നു നൂറ്റി എട്ടാമത്തെ ദിവസം വന്നിട്ട് ചോദിക്കും ചിലർ നിങ്ങളോട് അയ്യോ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ എന്നോട് ഒരു വാക്ക് പറയണ്ടേ ഞാൻ വരില്ലയായിരുന്നോ എന്ന് ഒരു മാസമായോ കഴിഞ്ഞിട്ട് അയ്യോ കാരണം ഇവർക്ക് എന്നും ഇതിങ്ങനെ പറയാനുണ്ടാവും അതേത് കാര്യവും അങ്ങനെയാ അതൊക്കെ നാം നമ്മെ കബളിപ്പിക്കല അത്തരമൊരു കാര്യം ഇവിടെ പറ്റില്ല ഇവിടെ ഒട്ടും പറ്റില്ല ധ്യാനം എന്നത് നാം നമ്മെ അറിയാനുള്ള ഒരു ശ്രമമാണ് അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഭഗവത്ഗീതയിലെ ഈ പത്ത് മുതൽ പതിനാല് വരെയുള്ള ശ്ലോകങ്ങൾ ധ്യാനയോഗത്തെ എങ്ങനെ ഒരു സാധകൻ ധ്യാന ഭൂമികയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഭഗവാൻ ഇത് പറയുന്ന സമയത്ത് അർജുനൻ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ വളരെ എളുപ്പത്തില് കാര്യം മനസ്സിലാവും പക്ഷെ നമ്മുടെ കാര്യത്തില് അങ്ങനെ എളുപ്പത്തില് മനസ്സിലായിക്കോളണം എന്നില്ല ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും അതൊക്കെ പറയുന്ന ആചാര്യൻ വക്താവ് അതിനെയൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്നത് ഒരു ധ്യാനിക്കുന്ന സ്വീകരിക്കേണ്ടുന്ന മറ്റു കുറെ കാര്യങ്ങളും കൂടെയാണ് അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് വരാം നോക്കാം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് യുഞ്ചന് ഏവം സദാ ആത്മാനം യോഗി നിയതമാനസഹ ശാന്തി നിർവാണപരമാം മത് സംസ്ഥാം നിയതമാനസഹ മനസ്സിനെ നിയമനം ചെയ്തിട്ടുള്ള മനസ്സിനെ അടക്കിയിട്ടുള്ള ഈ മനസ്സിനെ അടക്കുന്ന വിദ്യയാണ് നമ്മൾ പഠിക്കുക ആദ്യം നമുക്ക് പഠിക്കേണ്ടത് അതാ എന്താണ് മനസ്സ് മനസ്സിനെക്കുറിച്ച് കുറേ പറഞ്ഞു കഴിഞ്ഞു മനസ്സ് എന്ന് പറഞ്ഞാൽ വിചാരങ്ങളാണ് വികാര വിചാരങ്ങൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി ഉടലെടുക്കുന്ന ചിന്തകൾ ഇതാണ് മനസ്സ് മനസ്സ് എന്നൊന്ന് പറഞ്ഞൊരു സാധനം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം അതുകൊണ്ട് ഈ സത്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് മനസ്സില്ല എന്ന് ഇല്ലേ ഇല്ലാത്തതാ സത്യം തന്നെയാണത് പിന്നെ ഉള്ളത് എന്താണ് ചിന്തകളാണ് ഉള്ളത് ചിന്തകൾ കൂടുന്ന സമയത്ത് ഘനീഭൂതമായിട്ടുള്ള ചിന്തകളെയാണ് മനസ്സ് എന്ന് പറയുന്നത് അതെവിടെ ഇരിക്കുന്നു എന്നൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് മാനസികമായിട്ടുള്ള തിരിമുറുക്കങ്ങൾ എന്നൊക്കെ പറയുമല്ലോ അതുകൊണ്ട് മനസ്സിന് മനസ്സ് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണോ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ മനസ്സിനെ ഷോക്ക് ഘടിപ്പിക്കാനൊന്നും പറ്റില്ല പിന്നെ ഇന്ദ്രിയങ്ങളെ തളർത്താൻ സഹായിക്കും ഇന്ദ്രിയങ്ങളെ തളർത്തി കഴിഞ്ഞാൽ അയാളവിടെ അടങ്ങിയിരുന്നുള്ളൂ മനസ്സ് അതിൻ്റെതായിട്ടുള്ള ഒരു തലങ്ങളിൽ അല്ലെങ്കിൽ ഈ ചിന്തകൾ അത് പല വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിനൊരു ആൾക്കൂട്ടത്തിന്റെ പ്രതീതിയാണ് മനസ്സിന് ആൾക്കൂട്ടത്തിന്റെ പ്രതീതി അപ്പൊ ഈ ഒന്നൊന്നായിട്ടുള്ള ചിന്തകളെ വിശകലനം ചെയ്യലാണ് ആദ്യം ചെയ്യുന്നത് അതിനെയാണ് മനസ് നിയതമാനസഹ എന്ന് പറയുക അതിപ്പം ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം കാട് എന്നൊന്ന് നിലവിലില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ കാട് എന്ന് പറയുന്നത് ഇല്ലാത്തതാണ് ഇതുപോലെയാണ് സ്റ്റേറ്റ്മെന്റ് മനസ്സ് എന്നാൽ ഇല്ലാത്തതാണ് അങ്ങനെ വേണം മനസ്സിലാക്കാൻ കാട് ഇല്ലാത്തതാണ് എന്നത് അതുപോലെ മനസ്സ് ഇല്ലാത്തതാണ് എന്നാൽ കാട്ടിൽ പോവാം സ്വാമി കാട് കാണിച്ചു ശരി പോവാം കാട്ടിൽ പോവാം ഒരാൾ കാട്ടിൽ പോയി എന്നിരിക്കട്ടെ അയാള് കാടിനെ കാണിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ഇല്ല പിന്നെയോ കാട്ടില് വൃക്ഷങ്ങളെ കാണിക്കാം കാട്ടില് കാടില്ല പിന്നെ എന്താ ഉള്ളത് അതിലെ ഓരോ വൃക്ഷങ്ങളെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ കാട് അവശേഷിക്കുമോ ഇല്ല പിന്നെ കാടില്ല ഇതുപോലെയാണ് മനസ്സ് എന്നത് ഇല്ലാത്തതാണ് ഉള്ളത് ചിന്തകളാണ് ചിന്തകളുടെ സമ്മേളനം അതാണ് മനസ്സ് അവരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് അത് നിലനിൽക്കുന്നതേ കൂട്ടമായിട്ടാണ് ഒറ്റയൊറ്റയാവണമെങ്കിൽ എന്തുവേണം ധ്യാനത്തിലാണ് ഈ ഒറ്റയൊറ്റയാക്കി ഇങ്ങനെ എഴപിരിച്ചെടുക്കൽ അപ്പൊ ആ ഒഴുക്കിനൊരു സാവകാശം ഉണ്ടാവും ഒരു വലിയ കാട്ടിൽ പോയി ഇരുന്ന് വലിയൊരു കസേരയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക ഓരോരോ വൃക്ഷങ്ങൾ വെട്ടി മാറ്റുന്നത് അങ്ങനെ നോക്കിയിരിക്കുക ഭാവന ചെയ്യുക അവസാനം വൃക്ഷങ്ങളൊക്കെ ഓരോന്ന് ഓരോന്നിങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുമ്പം കാടെന്താവുന്നു കാട് എന്ന് പറയുന്നത് ഇല്ലാതെയാവും നിരീക്ഷണമാണ് വെട്ടിമാറ്റുന്നത് ഇതിപ്പോ നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാദ്യമായി ഈ ഒരു പ്രക്രിയയിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെയാണെന്ന് തന്നെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല കാരണം എന്റെ ചിന്തകള് ചിന്തകളെ ഞാൻ എങ്ങനെയാണ് അറിയേണ്ടത് അതൊക്കെ പറഞ്ഞു തരാം അപ്പൊ മനസ്സിനെ നിയമനം ചെയ്യുക എന്ന് പറയുമ്പം ചിന്തകളെ അതായത് സ്വാമി ഇവിടുന്ന് കുറെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും ഇപ്പൊ ഉദാഹരണത്തിന് ധ്യാനത്തിൽ നമ്മൾ ഇതൊക്കെ കണ്ണ് തുറന്നിരിക്കുമ്പം പറയേണ്ടതാണ് പക്ഷെ കണ്ണു തുറ അടച്ച് ഇരിക്കുന്ന ധ്യാനിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തു കൊള്ളണം ഇപ്പൊ കണ്ണടച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇവിടെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശബ്ദവും കേൾക്കില്ല കാരണം എയർ കണ്ടീഷൻ ഹോളാണ് അതുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന പോലൊരു ധ്യാനം ഇവിടെ നടക്കില്ല കാരണം തിരുവനന്തപുരത്തെ ഇടയ്ക്ക് മുകളിൽ കൂടെ കാക്ക പോകും പിന്നെ വളരെ ദൂരത്തുള്ള ദൂരെ വളരെ ദൂരെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ ശബ്ദം ആ മോട്ടോർ വാഹനങ്ങളുടെ ശബ്ദങ്ങളെ വേർതിരിച്ചറിയാൻ പറ്റും ബസ് പോകുന്ന ശബ്ദം ഒരു ടെമ്പോ പോകുന്നത് ഓട്ടോറിക്ഷ പോകുന്നത് കാറ് പോകുന്നത് ആ ബസിൽ തന്നെ ചിലത് എന്ന് പറഞ്ഞു വെറുതെ ഇങ്ങനെ എന്താ പറയുക ആക്സിലറേറ്റർ കൊടുത്ത് ശബ്ദമുണ്ടാക്കി പോകുന്നത് സ്കൂട്ടർ ബൈക്ക് പോകുന്നത് സ്കൂട്ടർ പോകുന്നത് ഇങ്ങനെ പല വാഹനങ്ങൾ പല വിധത്തിലുള്ള ഹോണുകൾ ഇത് വളരെ ദൂരെയുള്ളത് വളരെ ദൂരെയുള്ളത് നമ്മളിങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അത് അറിയാൻ പറ്റും ഓരോന്നും ഇതിന്റെ ഇടയിൽ വല്ല കാക്കയുടെയോ വല്ല വല്ല മറ്റ് പല കിളികളുടെയും ആ ഇത്യാദി ശബ്ദവീജികളെ നിരീക്ഷിക്കുന്ന ഒരു പ്രക്രിയ ഇതിൽ പ്രപഞ്ചത്തെ അവലോകനം ചെയ്യുക എന്ന് പറയും ഒന്നാമത്തെ പടി പ്രപഞ്ചാവലോകനം ഈ പ്രപഞ്ചാവലോകനം നമ്മൾ നന്നായിട്ട് ചെയ്യണം അപ്പം ബാഹ്യമായ ശബ്ദവീജികളെ ഓരോന്നും വേർതിരിച്ചറിയുന്ന ഒരു പ്രക്രിയ ഒരു അഭ്യാസം നമ്മളിവിടെ നടത്തി കഴിയും അതിനിവിടെ എന്താ പറയുക അതിന് കുറച്ച് എന്താ സാധ്യത കുറവാണ് ഇനിയിപ്പോ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ന ശബ്ദങ്ങൾ അവിടുത്തെ ഇതൊക്കെ മൈക്ക് വെച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃത്രിമമായിട്ട് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ മനസ്സുകൊണ്ട് തന്നെ ചിലതൊക്കെ ചെയ്യാം എന്നാലും ഇവിടെ നിങ്ങൾക്ക് കണ്ണടച്ച് അങ്ങനെ ഇരുന്നാൽ ആർക്കെങ്കിലുമൊക്കെ ചുമയുണ്ടാവും ചിലപ്പം മതി അത് മതി കണ്ടോ ആ നിങ്ങളെല്ലാം അറിയും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് ഒരാള് പേന കൊണ്ട് എന്തെങ്കിലും ഒന്ന് കിടിക്കുന്ന ആക്കിയാൽ അറിയും പുസ്തകത്തിൻ്റെ പേജ് നീങ്ങിയാൽ അറിയും എല്ലാം അറിയും അപ്പൊ പറഞ്ഞു വന്നത് വൈവിധ്യമാർന്ന ശബ്ദവീചികളെ മനസ്സ് നിരീക്ഷണം ചെയ്തു തുടങ്ങും അപ്പൊ ഇതിനെയൊക്കെ വേറെ വേറെ വേറെ വേറെയാക്കി ഓരോന്നും ഇന്നത് ഇന്നത് ഇന്നതെന്ന് അറിയുന്ന ഒരു പ്രക്രിയ ബാഹ്യലോകത്തെന്തൊക്കെയാണ് എന്നിട്ട് അതിനെ നന്നായി നിരീക്ഷിച്ച് ആന്തരിക ലോകത്തിലേക്ക് തന്നിലേക്ക് ഒരു തിരിച്ചു വരവിട്ട് പ്രാണനിലൂടെ അങ്ങനെ ഈ ശബ്ദങ്ങളുടെ ഇടയിലൊക്കെ ചില ഇടവേളകളുണ്ട് ശബ്ദമില്ലായ്മ ശബ്ദമില്ലായ്മയെയും ശബ്ദം പോലെ നിരീക്ഷിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു നല്ല രസമുള്ള പരിപാടിയായത് അതായത് ഈ ഇടയിലിടയിലുണ്ടാകുന്ന ശബ്ദങ്ങളിൽ ശബ്ദമില്ലായ്മ എന്നത് ശബ്ദം പോലെ അറിയേണ്ടിയിരിക്കുന്നു ആ ഒരു അഭ്യാസത്തിൽ നിന്ന് ഉള്ളിലേക്ക് വന്നാൽ ഈ ചിന്തകളെ ഇതുപോലെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും നമ്മിൽ ഉദിച്ചു വരുന്ന ചിന്തകളെ അങ്ങനെ ചിന്തകൾക്കിടയിലുള്ള ചിന്തയില്ലായ്മയെ ഉപനിഷത്തില് പറയുന്ന പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ കൈനോപനിഷത്തില് രണ്ടാം രണ്ടാം അധ്യായത്തില് മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ മന്ത്രമാണ് പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദത ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം ഉപനിഷത്തൊക്കെ നേരിട്ട് ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്യുന്ന കാര്യം പറയാണ് അപ്പൊ ഒരാളോട് ബുദ്ധി സങ്കല്പങ്ങളെ വിശകലനം ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ അതിനെ മനസ്സിലാക്കുക എന്ത ഇവർ പറയുന്നത് ഇവർക്കേ അറിയില്ല വെറുതെ എന്നോട് പറയണു ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്യുക എന്ത് ഈ ബുദ്ധിസങ്കല്പങ്ങൾ അയാൾക്ക് ബുദ്ധിയില്ല പിന്നെ എങ്ങനെയാണ് ബുദ്ധി സങ്കല്പങ്ങളെ വിശകലനം ചെയ്യാൻ എന്നോട് പറയുന്നത് ഓരോ സങ്കല്പങ്ങളെ വിശകലനം ചെയ്യാൻ പറയുമ്പം ആ സങ്കല്പങ്ങളെ വിശകലനം ചെയ്യേണ്ടുന്നത് എങ്ങനെയെന്ന അഭ്യാസം നേടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് താഴെ വന്ന് പറയേണ്ടിയിരിക്കുന്നു ബാഹ്യലോകത്തിലെ ഓരോരോ ശബ്ദവീചികളെ അതുപോലെ ഓരോന്നിനെയും എന്താ വളരെ സാവകാശം നിരീക്ഷിച്ച ആ നിരീക്ഷണ പാഠവം നമ്മളെ ആന്തരിക ലോകത്തിലേക്ക് നമ്മെ സഹായിക്കും എന്തിന് ചിന്തകളെ കാണുന്നതിന് ഹരി എല്ലാവർക്കും നമസ്കാരം പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദത ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം ഉപനിഷത്തൊക്കെ ബുദ്ധി സങ്കല്പങ്ങൾ വിശകലനം ചെയ്യുന്ന കാര്യം പറയുകയാണ് അപ്പൊ ഒരാളോട് ബുദ്ധി സങ്കല്പങ്ങളെ വിശകലനം ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ അതിനെ മനസ്സിലാക്കുക എന്ത ഇവർ ഈ പറയുന്നത് ഇവർക്കേ അറിയില്ല വെറുതെ എന്നോട് പറയണു ബുദ്ധി സങ്കല്പങ്ങളെ വിശകലനം ചെയ്യുക എന്ത് ഈ ബുദ്ധി സങ്കല്പങ്ങൾ അയാൾക്ക് ബുദ്ധിയില്ല പിന്നെ എങ്ങനെയാണ് ബുദ്ധി സങ്കല്പങ്ങളെ വിശകലനം ചെയ്യാൻ എന്നോട് പറയുന്നത് ഓരോ സങ്കല്പങ്ങളെ വിശകലനം ചെയ്യാൻ പറയുമ്പം ആ സങ്കല്പങ്ങളെ വിശകലനം ചെയ്യേണ്ടുന്നത് എങ്ങനെയെന്ന അഭ്യാസം നേടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് താഴെ വന്ന് പറയേണ്ടിയിരിക്കുന്നു ബാഹ്യലോകത്തിലെ ഓരോരോ ശബ്ദവീജികളെ അതുപോലെ ഓരോന്നിനെയും എന്താ വളരെ സാവകാശം നിരീക്ഷിച്ച ആ നിരീക്ഷണ പാടവം നമ്മളെ ആന്തരിക ലോകത്തിലേക്ക് നമ്മെ സഹായിക്കും എന്തിന് ചിന്തകളെ കാണുന്നതിന് എന്നിട്ടാ ചിന്തകൾക്ക് മുഴുവൻ ആധാരമായ ഉപനിഷത്തില് പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം അവിടെ പറയുന്നു ആത്മനാവിന്ദതേ വീര്യം ആത്മാവിന് മനസ്സിന് ബുദ്ധിക്ക് തെളിവ് കിട്ടുന്നു ഈ പ്രക്രിയയിൽ ഇപ്പൊ ധ്യാനത്തിന് പുറപ്പെടുന്ന ഒരാൾക്ക് ഉണർവാണ് ഉണ്ടാകുന്നത് അല്ലാതെ ഉറക്കമല്ല ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ എന്താ ശബ്ദവീജികളെ പോലെ എന്നിലെ ചിന്തകളെ അത് പിടികിട്ടും ആ രീതി അതൊക്കെ പറഞ്ഞു തരാം അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട അങ്ങനെ ആ വിദ്യയ ആ ഒരു ഉണർവുകൊണ്ട് വിന്തതേ അമൃതം അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ആ സത്യത്തെ ഏതൊന്നിൽ നിന്നാണ് ഇത് ഉണരുന്നത് അതിനെ അറിയാൻ സാധിക്കും എന്നാണ് ഈ ഓവന്റെ ഉള്ളിൽ തന്നെ സംഭവിക്കണം അങ്ങോട്ട് തീരുമാനിച്ചോളൂ ഈ വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടോ എന്തെങ്കിലും ഏതായാലും ഇതിന് ഇത് വളരെ അപൂർവം കൂറൂരമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് മേൽപ്പത്തൂരിന് സാധിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക് നിങ്ങള നിങ്ങളുടെ പട്ടികയിൽ നിന്ന് അത്തരത്തിലുള്ള പോട്ടെ നമ്മൾ ഓട്ടോറിക്ഷ കയറി ഇരുന്ന് പത്ത് രൂപ കൊടുത്ത് പത്ത് രൂപയ്ക്ക് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലാക്കുന്ന ഇയാൾക്കിത് സാധിച്ചിട്ടുണ്ട് എന്ന് അറിയൂ ആ സമയത്ത് എന്തെങ്കിലും ഒരു ഉത്സാഹം ഈ കാര്യത്തിൽ അല്ലാതെ വലിയ വലിയ ആളുകളുടെ പേരൊന്നും ഇതിന്റെ മുൻപിൽ നിരത്തി വെച്ചിട്ട് നമ്മളിതിനെ വെറുതെ പാഴാക്കി കളയരുത് ഇത് വളരെ അങ്ങേയറ്റം ലളിതമാണ് ഇതിന് യാതൊരു തടസ്സവും ഇല്ല ഇത്രയൊക്കെ ചെയ്താൽ മതിയെന്നേ ഉള്ളൂ എന്നിലെ ചിന്തകളെ വല്ലവന്റെ ചിന്തയല്ല എന്നിലെ ചിന്തകളെ ഞാനൊന്ന് എന്താ പറയുക വിശകലനം ചെയ്ത് ചിന്തകൾക്ക് ആധാരമായ അതിന്റെ പിറകിൽ അതായത് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ പിറകിലുള്ള മനസ്സ് മനസ്സിന്റെ പിറകിലുള്ള ബുദ്ധി ബുദ്ധിക്ക് പിറകിലുള്ള ആത്മ കടോപനിഷത്തിലെ ആ അനുഭവ ദശയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അതിന്റെ അപ്പുറത്തുള്ള മഹാനാത്മ അതിന്റെ അപ്പുറത്തുള്ള അവ്യക്തം അവ്യക്തത്തിനെയും അതിക്രമിച്ചു നിൽക്കുന്ന പുരുഷൻ ആ പരമകാഷ്ട അപ്പൊ ഇതെന്നെ സംബന്ധിക്കുന്നതാണ് അപ്പൊ എവിടെന്നാണ് ഞാൻ എങ്ങനെയാണ് ഉണരുന്നത് രാവിലെ പ്രഭാതത്തിൽ ഉണരുന്ന സമയത്ത് എന്താ ഇനിയിൽ സംഭവിക്കുന്നത് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ചില ചില കാര്യങ്ങളൊക്കെ സ്വാമി പറഞ്ഞുതരാം നിങ്ങൾ ആ കാര്യം നോക്കിയോന്നറിയില്ല ചെറിയ കുട്ടിയെ മുറിയിൽ ഇരുത്തിയിട്ട് കണ്ണ കുട്ടിയെ ഇരുത്തിയിട്ട് ചോദിച്ചോ അതിനോട് ആരെങ്കിലും ചെയ്തോ ഇല്ല നോക്കൂ പറയുന്നതൊക്കെ ഒന്ന് പരിശ്രമിക്കൂ എന്തായിരുന്നു സ്വാമി പറഞ്ഞത് ചെറിയ കുട്ടിയെ ഇരുത്തിട്ട് രണ്ടടി കൊടുക്കാനല്ലേ അല്ല പിന്നെയോ നിങ്ങൾ നിരന്തരം മനസ്സിൽ പറയുക എന്തെങ്കിലും കുട്ടി അത് കേൾക്കുന്നു എന്ന് അറിയാലോ നോക്കൂ ആലോചിച്ച ചെയ്തു ചെയ്ത് നോക്കൂ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാലോ അതിനോട് ആദ്യ സാമ്യെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയരുത് ഞാൻ ഇന്നത് പറയും നീ അത് പറയണം അങ്ങനെ വേണ്ട എന്ന് പറയാം അപ്പൊ ഇത് ഒന്ന് നോക്കാം പരീക്ഷിക്കാം പരീക്ഷണത്തിന് ചെലവൊന്നുമില്ലല്ലോ ഇതിപ്പോ ചെയ്യുന്നതുകൊണ്ട് ടെലിഫോൺ ബില്ലുകൂടി ഇലക്ട്രിക് ബില്ലുകൂടി മറ്റു തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇതിൽ വളരെ ഇത് വേണ്ടത് നിങ്ങളടുത്തുള്ളവരെ ഇന്ന് തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് വിവരെ അറിയിക്കരുത് ഞാൻ എത്ര മണി മുതൽ ഇത്ര മണിവരെ ധ്യാനത്തിലായിരിക്കും എന്നെ നീ തടസ്സം ചെയ്യരുതെന്ന് അപ്പൊ പിന്നെ അവർക്ക് ഇരിക്ക പൊറുതി ഉണ്ടാവില്ല അവര് ഫോൺ ചെയ്യും എന്നിട്ട് അന്വേഷിക്കും നിങ്ങൾ ധ്യാനത്തിലായിരുന്നോ എന്ന് അതുകൊണ്ട് അങ്ങനത്തെ പണിക്കൊന്നും പോണ്ടിന്തകളെ വിശകലനം ചെയ്ത് ചിന്തകൾക്ക് ആധാരമായ ആ ബോധത്തെ അറിയുന്ന പ്രക്രിയ ഇത് ബാഹ്യമായ ശബ്ദവീജിയെ നിരീക്ഷണം ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓരോരോ എന്താ ഭാവന ചെയ്യാം ഭാവന ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഓരോന്ന് എന്താ സൃഷ്ടിച്ചെടുക്കുന്നത് ഇപ്പൊ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഇന്ന് തന്നെ പരിശോധിക്കാം വീട്ടിൽ പോയിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കിടന്നോട്ടും കിടന്നിട്ട് ഇരുന്നിട്ടൊന്നും ചെയ്യണമെന്നല്ല എന്ത് ചിന്തയുമായിട്ടാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കുക ഏതൊരു ചിന്തയാണ് ഏത് ചിന്തയാണ് നിങ്ങൾ താലോലിക്കുന്നത് ഉറക്ക ഉറക്കത്തിന് മുൻപായി നിങ്ങൾക്ക് ബാങ്കിൽ കൊടുക്കാനുള്ള കാശിനെ സ്വാമി പറയുന്നത് സാത്വികമായിട്ടുള്ള ഭാവനകളൊന്നുമല്ലേ ഓ എനിക്കൊരു ഒരു ഒരു പത്ത് ലക്ഷം കിട്ടിയിരുന്നെങ്കിൽ സ്വാമിക്ക് ഞാനൊരു അഞ്ച് ലക്ഷം കൊടുക്കുകയായിരുന്നു കിട്ടിയിരുന്നെ ഇങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് അങ്ങനെയൊന്നും വേണ്ടെന്ന് പറയാ സ്വാമി പറഞ്ഞ നില സ്ഥിതിക്ക് ഇപ്പോൾ സാത്വികമായ ചിന്ത വേണ്ടേ അങ്ങനെയുള്ള സാത്വികമായ ചിന്തകളെ കുറിച്ചല്ല സ്വാമി പറയുന്നത് ഏത് ചിന്ത അതെന്തോ ആവട്ടെ ഏത് ചിന്തയുമായിട്ടാണ് നാം താതാത്മ്യം പ്രാപിച്ച് നിദ്രയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അത് നമുക്കറിയാലോ ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് ഏത് ചിന്തയാ വരിക എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഈ പറഞ്ഞത് ഓർമ്മ വേണം എന്താണ് ഓർമ്മ വേണ്ടത് ഏത് ചിന്തയുമായി നാം നിദ്രയിലേക്ക് പോകുന്നതിന് മുൻപ് നാം താലോലിച്ച ചിന്തയുണ്ട് മിക്കവാറും സ്വാമി പറഞ്ഞു തരാ ബാങ്കില് അത് ലോണ് കിട്ടാനുണ്ടെങ്കിൽ അത് മകളുടെ കല്യാണം ഉണ്ടെങ്കിൽ അത് വല്ല വേറെ പോകാൻ നാളെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അത് ഇത്യാദി പലതും ഉണ്ടാവും കുട്ടികളെ സംബന്ധിച്ച് എക്സാം ആണെങ്കിൽ അത് വണ്ടി മേടിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ പല ചിന്തകളുണ്ടല്ലോ വാടകക്കാരനെ ഒഴിപ്പിക്കേണ്ട കാര്യമാണെങ്കിൽ വാടക ചോദിക്കേണ്ട കാര്യമാണെങ്കിൽ പാലുകാരനെ വഴക്ക് പറയേണ്ട കാര്യമാണെങ്കിൽ എല്ലാം രാത്രി അതുമായിട്ടായിരിക്കും ജോലിക്കാരിക്ക് കൊടുക്കേണ്ട വഴക്കിനെക്കുറിച്ച് എല്ലാം ഏതൊന്നുമായിട്ടാണ് ഉറങ്ങാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉണരുന്ന സമയത്തെ ചിന്ത ഇത് തന്നെയായിരിക്കും സ്വാമി അത് ആദ്യം പറഞ്ഞേ ഉള്ളൂ ഏതായാലും പോട്ടെ നോക്കൂ ഏതാണ് ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു കാര്യം പഠിക്കാനുണ്ട് വലിയൊരു കാര്യം അതായത് ഏതൊ ഏതൊന്ന് ഏതൊന്നുമായാണ് നാം നിദ്രയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അപ്പൊ ഈ അവസാനത്തെ ചിന്ത പോയി വിലയിച്ചു പിന്നെ പ്രഭാതത്തിൽ ഉണ്ടാകുന്ന ചിന്തയുടെ ആവിർഭാവം ഇവിടെ എന്താ പറയുക മെനഞ്ഞെടുത്ത സമയം എത്രയോ കഴിഞ്ഞ് അതായത് പന്ത്രണ്ട് മണിയിലാണ് നാം ഉറങ്ങിപ്പോയത് രാവിലെ എഴുന്നേൽക്കുന്നത് ഏഴ് മണിക്കോ ആറര മണിക്കോ എന്താണ് അപ്പൊ പന്ത്രണ്ടിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് സമയമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മണിക്കൂർ അഞ്ച് അഞ്ചര മണിക്കൂറുണ്ട് ഈ അഞ്ചര മണിക്കൂർ ഞാൻ ഇവിടെയായിരുന്നു ഈ അഞ്ചര മണിക്കൂർ ഈ ചിന്ത എവിടെയാണ് വിലയിച്ചത് ഇത് രസം എന്നറിയോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഇത് നിങ്ങളൊന്ന് പരീക്ഷിക്കേണ്ടതാ എന്റെ ഒടുക്കത്തെ ഒടുക്കത്തെ ചിന്ത എന്ന് പറയാൻ തെറ്റിദ്ധരിക്കില്ലേ ഉറങ്ങുന്നതിന് മുമ്പായി ഉണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു എന്റെ ഉണർവിലുള്ള ആദ്യ ചിന്ത എന്തായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് പുനർജന്മം മനസ്സിലാവും വളരെ എളുപ്പ അതായത് നമുക്ക് ഒരു സൂക്ഷ്മ ശരീരമുണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ഇതൊക്കെ വിലയിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന അതിനെ പൊട്ടിക്കുന്ന പരിപാടിയാ ഇത് അപ്പൊ ഇത് കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്നതാ ഇതിന്റെ ഇത് എങ്ങനെ ഒരു ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങില്ലേ താഴേക്ക് താഴേക്ക് അതുപോലെയാ അതൊരു ഈ മറൈൻ എന്താ ഈ ഇതൊക്കെ ഇല്ലേ നമ്മള് എണ്ണ എടുക്കുന്ന അതിനെന്താ പറയുക വലിയ വലിയ എണ്ണക്കിണറുകൾ ആ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് പോലത്തെ ഒരു ഏർപ്പാടാണ് അവിടുന്ന് തന്നെ ഇതിനെയൊക്കെ കശാപ്പ് ചെയ്യും അപ്പൊ ഇതൊക്കെ ഒന്ന് ശരിയാണോന്ന് നോക്കുക സ്വാമി പറയുന്നതിനെല്ലാം തലയാട്ടരുത് കേട്ടോ ഇതൊക്കെ ഒന്ന് ശരിയാണോ നോക്കുക പോയിട്ട് ഇന്ന് ഉറങ്ങാൻ കിടന്നോളൂ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം ചിലപ്പോ നാളെ അത് പറ്റി എന്ന് വരില്ല പോട്ടെ നിരാശപ്പെടരുത് മറ്റന്നാൾ നോക്കണം അതിന്റെ പിറ്റേന്ന് നോക്കണം അതിന്റെ പിറ്റേന്ന് നോക്കണം നോക്കൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് മോർണിംഗ് അലാമിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ എഴുന്നേൽക്കുന്നതിന് തൊട്ടും ഏത് സമയത്ത് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് തൊട്ട് തൊട്ടു മുമ്പായി നാം എഴുന്നേൽക്കുന്നത് തന്നെ പിന്നെ ഒരു രണ്ട് മിനിറ്റ് എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ നമ്മൾ വീണ്ടും കിടക്കുന്നത് വേറൊരു മടി കൊണ്ടാണ് അപ്പൊ ഒരു പ്രത്യേക സ്വാമി ഈ കാര്യം പറഞ്ഞത് ഒരു പ്രത്യേക ലോകം നമുക്ക് നാം നിത്യം പരിചയപ്പെടാത്ത ഒരു ഭൂമിക ഒരു പ്രദേശം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ചില സങ്കേതങ്ങളൊക്കെ ഉണ്ട് എന്ന് വളരെ രസമായിട്ടുള്ളൊരു ഏർപ്പാടാണ് ഇത് ചെയ്യുന്നത് വളരെ നല്ലതുമാണ് അവിടെയൊക്കെ തന്നെ നമുക്ക് അങ്ങോട്ട് തിരുത്തലുകൾ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്താ പി അതിനെയാണ് ഈ പുനർജന്മ ഇല്ലാണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇതിന് വീണ്ടും ഇതിന് ഈ ചിന്തയെ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിന് ഈ പൂർത്തീകരണം നടത്താനായിക്കൊണ്ട് ഇതിന് എന്താ ഇതിന് കർമ്മം ചെയ്തേ മതിയാകും അപ്പൊ ഇതിനിങ്ങനെ യാത്രയുണ്ട് എന്ന് പറയാം ഈ യാത്രയെയാണ് അവസാനിപ്പിക്കുന്നത് ഒരുവൻ അപ്പൊ ഈ യാത്ര മതിയായി എന്ന് തോന്നുമ്പോഴാണ് ഇത് ചെയ്യുന്നത് തന്നെ അതല്ല ഇനിയും തുടരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിലും നല്ലതാണ് തുടർന്നുള്ളൂ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മതി ഈ പരിപാടികളൊക്കെ ധ്യാനത്തിന് വിഷയമായിട്ടുള്ളതാണ് ഉള്ളിലേക്കിറങ്ങി ഈ പറഞ്ഞ വിശകലനം ചെയ്യൽ പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്തേ അമൃതം അമൃതം വിന്തതേ മരണമില്ലാത്തതിനെ താൻ പ്രാപിക്കുന്നു എന്ന് പറയാം അപ്പം നിയതമാനസഹ ഇതിനെയാണ് സ്വാമി ഇത്രയും പറഞ്ഞത് മനസ്സിനെ നിയമനം ചെയ്ത് ഇവിടെയാണിത് പറയേണ്ടുന്നതും ഇതിൻ്റെ എന്താ പറയേണ്ട സ്ഥലം ഇവിടെയാണ് അപ്പൊ മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളാണ് ചിന്തകൾ എന്ന് പറഞ്ഞാൽ അത് സ്ഥായിയല്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളുമായി നാം താതാത്മ്യം പ്രാപിക്കുന്നതാണ് അസ്വസ്ഥതയ്ക്ക് കാരണമെന്നും അതുകൊണ്ട് ചിന്തകളുമായി ഞാൻ താതാത്മ്യം പ്രാപിക്കാൻ പാടില്ലാത്തവനാണ് ഞാൻ സ്ഥിരമാണ് ചിന്തകൾ അസ്ഥിരമാണ് ഇതൊക്കെ ഇതിൽ അറിയേണ്ടുന്ന നിയമങ്ങളാണ് ഇത് അറിഞ്ഞവനെയാണ് നിയതമാനസൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവൻ യോഗി യോഗാരൂടൻ സദാ ഏവം ആത്മാനം സദാ എപ്പോഴും ഏവ അവനെ തന്നെ ഇപ്രകാരം ആത്മാനം മനസ്സിനെ യുഞ്ചൻ യുഞ്ചൻ എന്ന് പറഞ്ഞാൽ യോജിപ്പിച്ചിട്ട് നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു മത് സംസ്ഥാം മത് എന്നിൽ തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ബോധത്തിൽ എന്നിൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൽ അർത്ഥം എടുത്തേക്കരുത് കുഴപ്പത്തിലാവും മത് എന്നിൽ തന്നെ നിർവാണപരമാം മോക്ഷപ്രധാനമായ ശാന്തിം ശാന്തിയെ അധികച്ചതി പ്രാപിക്കുന്നു ഇനി ആർക്കാണ് ഈ യോഗം സംഭവിക്കുന്നത് ഇതും ഈ തുടർന്ന് വരുന്ന ശ്ലോകങ്ങളൊക്കെ വളരെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ധ്യാനത്തിന് പുറപ്പെടുന്ന ഒരാള് സമാധി അവസ്ഥയെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ നിയമങ്ങളൊക്കെ പാലിച്ചേ മതിയാകും ഇതൊക്കെ വളരെ വളരെ ലളിതമായ നിയമങ്ങളാണ് ബ്രഹ്മചാരി വ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് വെറും ഒരു എന്താ ഇപ്പൊ ബ്രഹ്മചാരി എന്ന് പറയുമ്പം നമ്മള് നമ്മുടെ നാട്ടില് കേരളത്തില് കേരളത്തില് ആ കേരളത്തില് നല്ല പൊതുവെ ആളുകൾ ധരിച്ചിരിക്കുക കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ഒരാള് എന്നാണ് ഇപ്പൊ എന്ന് പറയുമ്പം കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും നമുക്ക് പറ്റില്ല കാരണം കല്യാണം കഴിച്ച് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ആയിട്ടുണ്ട് ബ്രഹ്മചാരി എന്ന് പറഞ്ഞു നിയന്ത്രിതമാർന്ന ഇന്ദ്രിയ ജീവിതം എന്നാണ് അങ്ങനെ കരുതി മതി ഒരു നിയന്ത്രണം വേണം എല്ലാറ്റിനും ബ്രഹ്മണി ശീലം എസ് ബ്രഹ്മചാരി ബ്രഹ്മമാർഗത്തിൽ ചരിക്കുന്ന ശീലം അതാർക്കുണ്ടോ അതെ അതുകൊണ്ടൊരു നിയന്ത്രണം ഇവിടെ ആ വ്രതത്തെ നിയന്ത്രണം വേണമെന്ന് പറയും അതുകൊണ്ടാണ് നമ്മുടെ പണ്ടുകാലത്തൊക്കെ ശബരിമലയിലേക്കൊക്കെ കേരളത്തിലുള്ളവർക്കൊക്കെ ശബരിമലയിൽ പോകുന്ന സമയത്ത് ഒരു വ്രതം വ്രതാനുഷ്ഠാനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു ലക്ഷ്യത്തിനായിട്ട് പോവുക അപ്പൊ അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒന്ന് സജ്ജമാക്കേണ്ടതുണ്ട് ഒരു വലിയൊരു കാര്യത്തിന് പോകുമ്പോൾ ഈ വിഷയത്തിലും അത് ആവശ്യമാണ് എന്നിട്ട് എന്താണ് തുടർന്ന് പറയുന്നു നോക്കാം യോഗോസ് നൈക്കനശ്നസ്വ്നശീല ജാഗ്രതോ നാർജുനസ്തി അശ്നദ യോഗ അതി നന്ദം അശ്നദ അതിസ്വപ്നശീല ജാഗ്രത നവ ച അർജുന ഹേ അർജുന അത്യശ്നത യോഗ അസ്തി ആർക്ക് യോഗം സമാധി സംഭവിക്കുന്നില്ല അത്യശ്നത ഒരുപാട് കഴിക്കുന്നവന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവന് യോഗം സംഭവിക്കുക ഇല്ല നടപ്പില്ല എന്ന നീ കിടന്നുറങ്ങുക നല്ലത് ഭഗവാൻ അങ്ങനെയുള്ളവരോട് പറയുന്നു കുംഭകർണാദികളെ ആ ഗണത്തിൽ പെടുത്തിയിരിക്കണം പിന്നെ അത് മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ ധ്യാനം കഴിഞ്ഞിട്ട് അവിടെ പോയിക്കോളും ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് അടിച്ചു കയറ്റി മസാല ദോശയൊക്കെ കഴിച്ചു എല്ലാം ആയിട്ട് ശരി എന്നാൽ എന്നാ തീരെ കഴിക്കേണ്ട അത്യഷ്ണത യോഗ തു അസ്ഥി അധികം ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരുവന് ഈ അതായത് ഒരുപാട് കഴിക്കുന്നവനെന്നും അതുപോലെ ഈ ധ്യാനത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ച് ഇരിക്കരുത് എന്നും നിർദ്ദേശം ഏകാന്തം അനഷ്ണത ച യോഗ ന അസ്ഥി ചിലർക്ക് അങ്ങനെയാണ് ചിലർ ഭക്ഷണമേ കഴിക്കില്ല വെള്ളം കുടിക്കില്ല ഉമിനീര് വരുന്നത് പുറത്തേക്ക് കളയും അങ്ങനെയുള്ള വിദ്വാമാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയണില്ല എന്ന നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു അനുഗ്രഹം ഒരു സാധാരണക്കാരനാ ഈ യോഗം സമാധിയെ പോലും പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതോ ഭക്ഷണമൊക്കെ കഴിക്കാതെ കഴിക്കാതെ കഴിക്കാതെ കഴിക്കാതെ അങ്ങനെ ഈ എല്ല് പോലെയായി അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഭഗവാൻ വത്സ എഴുന്നേൽക്കൂ ഇല്ല അങ്ങനെ വത്സ എഴുന്നേക്കൂ എന്ന് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ വല്ല കടമ മേടിച്ച ആള് പറയുന്നതായിരിക്കും എഴുന്നേൽക്കാൻ ആശുതരാൻ ആരുമെന്ന് അങ്ങനെ പറയില്ല അപ്പൊ ഒരുപാട് കഴിച്ചവന് കിട്ടൂ ഇല്ല തീരെ കഴിക്കാത്തവനും അവനും കിട്ടൂല അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പില്ല അതുകൊണ്ടൊരു സാധാരണ കാരൻ ഒരുപാട് കഴിച്ചവനും തീരെ കഴിക്കാത്തവനും ഏകാന്തം അനശ്നത അത്യന്തം തീരെ ഏകാന്തം എന്ന് പറഞ്ഞാൽ അത്യന്തം തീരെ എന്നൊക്കെയാണ് അനശ്നത ഭക്ഷിക്കാത്തവന് യോഗ അസ്ഥി യോഗം ഉണ്ടാകില്ല